ഷഷ്ടസ്കന്ധത്തില് അദ്ഭുതമായ ഒരു ഉപാഖ്യാനം പറയാനുണ്ട് വൃത്തോപാഖ്യാനം അത് നാളെ രാവിലെ ഇപ്പോ സപ്തമസ്കന്ധത്തില് പ്രഹ്ലാദ ചരിത്രത്തിലേക്ക് കിടക്കാനും ഭാഗവതത്തിൽ അനേകം വക്താക്കളും ശ്രോതാക്കളുമാണ് സപ്തമസ്കന്ധത്തിൽ യുധിഷ്ഠിരനും നാരദനും ആണോ സംവാദം ധർമ്മപുത്രർ നാരദ മഹർഷിയോട് ഒരു സംശയം ചോദിക്കുകയാണ് രാജസൂയ യാഗവേളയിൽ ഭഗവാൻ ശിശുപാലനെ വധിച്ചു ശിശുപാലൻ ജീവിതം മുഴുവൻ കൃഷ്ണൻ നിന്ദ ചെയ്തുകൊണ്ടേയിരുന്നു ശിശുപാലനെ ഭഗവാൻ രാജസൂയയാകവേളയിൽ വധം ചെയ്തു അപ്പൊ ശിശുപാലനിൽ നിന്നും ഒരു തേജസ് പുറപ്പെടുന്നതായിട്ടും അത് കൃഷ്ണനിൽ ലയിക്കുന്നതായിട്ടും അനേകം പേർ കണ്ടു ധർമ്മപുത്രരും കണ്ടു ധർമ്മപുത്രർക്ക് അത് വലിയ സംശയമായി എത്രയോ ഭക്തന്മാര് ഭഗവാനെ പ്രാപിക്കാനായിട്ട് ശ്രമിക്കണോ അവർക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യം ജീവിതം മുഴുവൻ ഇയാൾ ചെയ്ത ഒരേ പണി ഭഗവാനെ നിന്ദിക്ക ചീത്ത വിളിക്ക ഇയാളെ മാക്സിമം ചീത്ത വിളിക്കാനായിട്ട് സമ്മതിച്ചു അയാള് കുറച്ചൊക്കെ പോട്ടെ കുറെ കൃഷ്ണനെ ചീത്ത വിളിച്ചു കഴിഞ്ഞു ഇനി വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ ചീത്ത വിളിക്കാൻ വേണ്ട ഏർപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ട് ചീത്ത വിളിപ്പിപ്പിക്കും നിന്ദിപ്പിക്കും അങ്ങനെ ശിശുപാലനെ ഭഗവാൻ ജീവിതം മുഴുവൻ കൃഷ്ണ നിന്ദ ചെയ്യാനായിട്ട് ഭഗവാൻ തന്നെ ഏർപ്പാടാക്കി കൊടുത്തിട്ടുണ്ട് ആ ശിശുപാലൻ മരിക്കുമ്പോൾ ഭഗവത് പ്രാപ്തി കണ്ടാണ് ധർമ്മപുത്ര ചോദിക്കുന്നത് ഇത്രയും നിന്ദിച്ച ആൾക്ക് കുഷ്ഠം വരേണ്ടതല്ലേ എന്നാണ് ഇയാൾക്ക് എങ്ങനെയാ ഭഗവത് പ്രാപ്തി ചോദിച്ചു അപ്പോ നാരദ മഹർഷി തന്റെ ഭക്തി സിദ്ധാന്തം പറയാണ് നിന്ദിക്കുക സ്തുതിക്കുക എന്നുള്ളതൊക്കെ തന്നെ ഒരാളെ ആദരിക്കുക ഇതെല്ലാം ആരെയാ സ്തുതിക്കുന്നത് ആരെയാ നിന്ദിക്കുന്നത് ആരെയാണ് ആദരിക്കുന്നത് എല്ലാം ശരീരത്തിനെയാണ് നിന്ദന സ്തവ സത്കാര ഞക്കാരാർത്ഥം കളേവരം പ്രധാനപറയോ രാജന് അവിവേകേന കൽപ്പിതം ആത്മാവിനെ ആർക്ക് നിന്ദിക്കാനും പറ്റില്ല ആത്മാവിനെ ആർക്ക് സ്തുതിക്കാനും പറ്റില്ല ആത്മാവിനെ ആദരിക്കാനും പറ്റില്ല നിന്ദിക്കുന്നതും സ്തുതിക്കുന്നതും സത്കരിക്കുന്നതും എല്ലാം ശരീരത്തിനെയാണ് ശരീരം ഞാനാണെന്ന് ധരിച്ചിരിക്കുന്ന ആളുകളാണ് സ്തുതിച്ചു സന്തോഷിക്കും നിന്ദിച്ചാൽ കോപിക്കും ആദരിച്ചാൽ സന്തോഷിക്കും അപമാനിച്ചാൽ കോപിക്കും നിന്ദന് സ്തവ സത്കാർ ഭഗവാൻ നിന്ദയും സ്തുതി ഒന്നുമില്ല എല്ലാവർക്കും ഭഗവാൻ സമം അനുകൂലം സമം ഭാഗവതൻ തന്നെ പറയണം ഈശ്വരൻ ഇല്ല എന്ന് നിഷേധിക്കുന്ന നാസ്തികനും ഈശ്വരൻ ഉണ്ട് എന്ന് വാദിക്കുന്ന ആസ്തികനും ഭഗവാൻ സമം രണ്ടുപേർക്കും ഓരോ മൈക്ക് വെച്ച് കൊടുത്ത് കുറെ ആളുകളെയും മുമ്പിൽ ഇരുത്തി കൊടുക്കും എന്താ ഭഗവാൻ പറഞ്ഞു രണ്ടുപേരും എന്നെക്കുറിച്ച് പറയണം ഒരാൾ ഉണ്ട് എന്ന് പറയണു ഒരാൾ ഇല്ല രണ്ടും ഒന്ന് ആരെയാ ഇല്ല എന്ന് പറയണത് ആരെയോ ഉണ്ട് എന്ന് പറയണത് ആരെങ്കിലും വയലിന് കൊമ്പില്ലാതെ ഒന്ന് ഒരു മണിക്കൂർ പ്രസംഗിക്കോ ഉണ്ട് ഒരു സംശയമുള്ളപ്പോഴാണല്ലോ ഈ പ്രസംഗം തന്നെ വരുന്നത് അല്ലെങ്കിൽ ഒന്നും വേണ്ടാലോ ആരും പ്രസംഗിക്കില്ല അപ്പൊ ഈശ്വരൻ ഇല്ല എന്ന് അതാണ് പലപ്പോഴും യുക്തിവാദികളായിട്ടുള്ളവരൊക്കെ പെട്ടെന്ന് ഭക്തന്മാരായിട്ട് തീരും കാരണം എന്താ അനുസൂതം ധ്യാനമാണ് ഉള്ളിലെ ഇല്ല ഇല്ല ഇല്ല ഇല്ല എങ്ങനെങ്കിലും മനസ്സ് ഭഗവാനിൽ നിൽക്കണം മനസ്സ് ഏതെങ്കിലും ഒരു വസ്തുവിനെ എപ്പോൾ ചിന്തിക്കും എന്തെങ്കിലും ഒരു വികാരത്തിനെ ആശ്രയിച്ചാലേ ചിന്തിക്കുള്ളൂ ഒന്നിൽ കാമം അല്ലെങ്കിൽ ദ്വേഷം അസൂയ സ്നേഹം ഭക്തി ഇതൊക്കെയാണ് പ്രബല വികാരങ്ങൾ സഖ്യം ഈ വികാരങ്ങളെയൊക്കെ വെച്ചുകൊണ്ടാണ് എന്തെങ്കിലും ഒരു വസ്തുവിനെ മനസ്സ് സ്മരിക്കുക നിങ്ങൾ ആരെങ്കിലും ഇത്ര ദിവസമായില്ലോ ഈ തൂണിനെ ആരെങ്കിലും സ്മരിച്ചിട്ടുണ്ടോ ഏ ആ തൂണ് ഉദാസീനം അതിനോട് നമുക്ക് ദ്വേഷവുമില്ല സ്നേഹവുമില്ല അസൂയവുമില്ല അല്ലെ അടുത്തിരിക്കുന്ന ആളുകളെയോ അവരെയോ ഇവരെയോ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം അല്ലെങ്കിൽ പരിചയമുള്ള ആളുകളോട് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഭാവം ഉണ്ടാവാം അതൊക്കെ മനസ്സിൽ വരും പക്ഷേ ഈ തൂണ് ഫാന് ഇതൊന്നും നമ്മൾക്ക് ഒരു പ്രശ്നമില്ല അപ്പൊ നമുക്ക് എന്തെങ്കിലും വികാരമുള്ള വസ്തു നമ്മളുടെ മനസ്സിൽ വരും മനസ്സിൽ ഭഗവാൻ വരണം ലോകത്തിലുള്ള ഒരു വസ്തുക്കളും വരരുത് എന്ന് ആർക്ക് നിർബന്ധമുണ്ടോ അവര് ലോകത്തിലുള്ള വസ്തുക്കളോടൊക്കെ തന്നെ ഉദാസീന ഭാവവും ഭഗവാനോട് എന്തെങ്കിലുമൊക്കെ ഒരു ഭാവവും വയ്ക്കണം എന്നാണ് ആരതന്റെ സിദ്ധാന്തം ഈ ഭക്തി ചെയ്യണ്ടേ ഭക്തി ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലാത്രേ ആരതം വരേണത് ഒന്നിൽ ഭഗവാനോട് ഭക്തി ചെയ്യുക എന്താ ഭക്തി ചെയ്താൽ എന്താ ജീവിതം മുഴുവൻ സുഖമായി ആനന്ദമായി പ്രിയത്തോടെ ഇരിക്കാം ഭക്തി ഇല്ലെങ്കിൽ അല്പം ദേഷ്യപ്പെടുക ചീത്ത വിളിക്കാം അല്ലെങ്കിൽ നിന്ദിക്കുക അസൂയപ്പെടുക ഭഗവാനെ കണ്ടിട്ട് അല്ലെങ്കിൽ ഭഗവാനോട് കാമം വയ്ക്കാം എന്തൊക്കെ നമുക്ക് വികാരമുണ്ടോ ആ വികാരമൊക്കെ ഭഗവാൻ കൊടുക്കുക കൃഷ്ണാവതാരത്തിൽ കാളിയൻ വിഷം കാക്കുന്നത് കൃഷ്ണൻ ചോദിച്ചു ഈ നീ സർപ്പമായി ഇരിക്കുന്നതല്ല എന്തിനാ ഇവിടെയൊക്കെ വിഷം കാക്കിയത് കാളിയം പറഞ്ഞു നിങ്ങൾ വിഷം തന്നതുകൊണ്ട് വിഷം കാക്കി അമൃതം തന്ന അമൃതം കാക്കാം അങ്ങാണല്ലോ എന്നെ ഈ വിഷത്തോടുകൂടെ സൃഷ്ടിച്ചത് നമുക്ക് എന്ത് വികാരമാണോ ഉള്ളത് ആ വികാരത്തിന് തസ്മിന്നേവ ഭഗവാനിൽ തന്നെ അർപ്പണമാണ് അതിന് ഭഗവാന്റെ നേരെ തിരിച്ചിവിടെയാണ് അതിനു എന്താ ഏത് വികാരമാണെങ്കിലും ആ വികാരം ഭഗവാന് അഭിമുഖമായിട്ട് തീരുന്നാൽ സമാധിയാവും വികാരം ഭഗവാന് നേരെ തിരിഞ്ഞാൽ സമാധിയാവും അതിനെന്താ ഉദാഹരണം ഗോപ്യ കാമാത് ഭയാ കംസഹ ദ്വേഷാത് ശൈദ്യദയോ നൃപാഹ സംബന്ധാത് വിഷ്ണയ സ്നേഹാത് യൂയം ഭക്ത വയം വിഭവം നാരദ മഹർഷി ഇതിന് ഉദാഹരണം പറയാണ് ഗോപസ്ത്രീകൾ കൃഷ്ണനോട് വെച്ചത് കാമമാണ് ജാരാത്മനാ നതു പരമാത്മതയാ സ്മരന്യ ഒരു ജാരബുദ്ധിയോടുകൂടിയാണ് ആദ്യം ആരംഭിച്ചത് ക്രമേണ ക്രമേണ ക്രമേണ മനസ്സ് ഭഗവാനിൽ നിൽക്കുന്തോറും ഇവരുടെ വാസനകളൊക്കെ പോയിപ്പോവുകയും ചെയ്തു ആ വസ്തു ശുദ്ധമായ ഹൃദയത്തിൽ പ്രകാശിക്കുകയും ചെയ്തു ജാരാത് മന ഗോപ്യഹ കാമാ ഭയാത് കംസഹ കംസന് പേടിയാണ് ഇതിന് സംരംഭയോഗം എന്നാണ് പറയണത് സംരംഭയോഗം എന്ന് വെച്ചാൽ വിപരീത ഭാവത്തിൽ ബ്രഹ്മത്തിനെ ധ്യാനിക്കാം വിപരീത ഭാവത്തിൽ ഈശ്വരനെ ധ്യാനിക്കാം അപ്പൊ മനസ്സ് പ്രബലമായി അവിടെ നിൽക്കണോ കംസന് ഭയമാണ് രാവും പകലെ ഇപ്പൊ കൃഷ്ണൻ വരുമോ ഇപ്പൊ കൃഷ്ണൻ വരുമോ പേടിയ ഉറങ്ങാൻ വയ്യ എന്തിനെ കണ്ടാലും കൃഷ്ണനായിട്ട് തോന്നുന്നു വാൽമീക രാമായണത്തിൽ മാരീച്ചൻ മാരീച്ചൻ എങ്ങനെയാണ് രാമന്റെ അസ്ത്രത്തിന്റെ ഊക്ക് അറിഞ്ഞ ശേഷം സന്യാസിയായിട്ടിരിക്കുകയാണ് മാരീച്ചൻ രാവണൻ ചെന്ന് വിളിക്കുമ്പോ പറഞ്ഞു എന്നെ വിളിക്കരുത് രാ എന്നൊരക്ഷരം ഉണ്ടരുത് എന്നാണ് രത്നം എന്ന് പറയരുത് രഥം എന്ന് പറയരുത് എന്താ അതിലൊക്കെ രാ ഉണ്ടെന്നാണ് രകാരാദീനിമാനി രാമത്രസ്ത രാവണ് രത്നാനിച്ച് രഥാശൈവ വിത്രാസം ജനയന്തിമേ എനിക്ക് രത്നം രഥം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ പേടിയാണ് രാ എന്നൊരക്ഷരമുണ്ട് രാമനെ കണ്ട് ഭയന്ന ശേഷം ഭയസമാധിയാണ് മാരീജനും മാരീജൻ പറയണത് എന്റെ അവസ്ഥ എന്താ അറിയോ ഞാൻ എവിടെ നോക്കിയാലും ഇവിടെ ഞാൻ വൃക്ഷം കാണുന്നില്ല ഇവിടെ ഞാൻ ആകാശമോ ഭൂമിയോ കാണുന്നില്ല വൃക്ഷേ വൃക്ഷേഹി പശ്യാമി ചീരാജിന ജടാധരം ഗൃഹീതധനുഷം രാമം പാഷഹസ്തമിവാകം കയ്യിൽ ധനുഷ് കോതണ്ടം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രാമനെയാണ് ഓരോ വൃക്ഷത്തിലും ആകാശത്തിലും ഭൂമിയിലും ഞാൻ കാണുന്നത് ബാരിജൻ അങ്ങനെ സർവം രാമസ്വരൂപമായിട്ടാണ് രാത്രി ഉറങ്ങാൻ വയ്യ ഉദ്ഭ്രമാമി പുനഃ പുനഃഹ ഉറക്കത്തിൽ രാമനെ കണ്ടിട്ട് പേടിച്ചിട്ട് എഴുന്നേക്ക ഭയം കൊണ്ട് സമാധി വെറുപ്പ് ഏറ്റവും പ്രബലമായ വികാരമാണ് ആരെങ്കിലും നമ്മൾ വെറുത്താൽ സ്നേഹിക്കുന്നവരെയൊക്കെ മറന്നുപോകും വെറുക്കുന്നവരെ മറക്കില്ല അതുകൊണ്ട് നാരദൻ ഒരു പടി അധികം വെച്ചുകൊണ്ട് പറഞ്ഞു ഈ ഹിരണ്യകശിപും ഹിരണ്യാക്ഷനുമാണ് ആദ്യത്തെ ജന്മം ഹിരണ്യകശിപും ഹിരണ്യാക്ഷൻ പിന്നീട് രാവണൻ കുംഭകർണൻ ശിശുപാലൻ ദന്തഭക്തൻ മൂന്ന് ജന്മം കൊണ്ട് ഇവർ പോയി നമ്മൾ എത്ര ജന്മമായി തുടങ്ങിയിട്ട് പരിപാടി ഈ ഡ്രാമ തുടങ്ങിയിട്ട് എത്ര ജന്മമായി മൂന്നേ മൂന്ന് ജന്മം എന്താന്ന് വെച്ചാൽ അവരുടെ മോസ്റ്റ് ഫാസ്റ്റ് മെത്തേഡാണ് എന്താണെന്ന് വെച്ചാൽ വെറുക്ക നാരദൻ പറയണത് യഥാ വൈരാനുബന്ധേന മർത്യഹ തന്മയതാമിയാത്ത് ന തഥാ ഭക്തിയോഗേന ഇതിമേ നിശ്ചിതാമതി വെറുപ്പ് കൊണ്ട് എത്ര കണ്ട് മനുഷ്യന് തന്മയത്വം വരുവോ ഭക്തി കൊണ്ട് സാധ്യമല്ല എന്നാണ് വെറുക്കുമ്പോ അത്ര പ്രബലമായ ധ്യാനം ഇവർക്ക് രാവും പകലും കൃഷ്ണധ്യാതാണ് അതുകൊണ്ടാണ് ഭഗവാൻ ശിശുപാലനെ തൻ്റെ അടുത്ത് വെറുപ്പുണ്ടെന്ന് കണ്ടപ്പോൾ അതിനെ അധികമാക്കിക്കൊണ്ടേയിരുന്നു എന്താന്ന് വെച്ചാൽ അതാണ് നല്ല വഴി ഇപ്പൊ അയാൾക്ക് അയാളെ കൊണ്ടുപോയി ഇനിയിപ്പോൾ എന്നെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞാൽ നടക്കില്ല സ്നേഹമൊക്കെ നാച്ചുറലായിട്ട് വരേണ്ടതാണ് അത് വന്നിട്ടില്ലെങ്കിൽ അയാൾക്ക് എന്താ ഉള്ളത് വെറുപ്പ് നല്ലത് ഭഗവാനോട് എന്തെങ്കിലും എന്ത് വികാരം ഭഗവാനോട് വെച്ചാലും നല്ലതാണ് ലോകത്തിനോട് എന്ത് വികാരം വെച്ചാലും ദൂഷിച്ചതാണ് ഇതാണ് നാരദ മഹർഷിയുടെ സിദ്ധാന്തം എന്താണെന്ന് വെച്ചാൽ വികാരത്തോടുകൂടെ എന്തിനെ സ്മരിച്ചാലും അത് ഉള്ളിൽ കിടക്കും അത് എന്ത് വികാരം എന്നുള്ളതെല്ലാം മുഖ്യം സ്മരിക്കുന്ന വസ്തു എന്താണോ മുഖ്യം ഭഗവാനോട് എന്ത് വികാരം വെച്ചാലും അത് നല്ലതാണ് ലോകത്തിനോട് എന്ത് വികാരം വെച്ചാലും അത് അപകടമാണ് ലോകത്തിനോട് വയ്ക്കാവുന്നത് ഉദാസീനവും ഈശ്വരനോട് എന്തും വയ്ക്കാവുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നു ഈശ്വരനോട് ഉദാസീനവും ലോകത്തിനോട് എന്ത് വികാരവും ഉദാസീന ഭാവം ഞങ്ങൾക്കൊക്കെ വിശ്വാസവും ഭക്തിയും ഒക്കെ ഉണ്ട് പിന്നെ അതൊന്നും ഒരുപാടൊന്നും ആവാൻ പാടില്ല അതൊക്കെ മതി ലിമിറ്റിൽ നിൽക്കണം ഇതാണ് ഉദാസീന ഭാവം അതൊക്കെ അതിനൊക്കെ വയസ്സുണ്ട് അതിനൊരു പ്രായമുണ്ട് ഈ വയസ്സെപ്പോ അതൊന്നും വരികയില്ല എത്ര വയസ്സായാലും വരില്ല അതാണ് ഉദാസീന ഭാവം ഭഗവാനോട് ഉദാസീന ഭാവം കൊണ്ട് ഈശ്വരനെ കിട്ടില്ല ഈശ്വരനോട് എന്ത് ഭാവവും പറയാം എന്ത് വിധത്തിലും ചണ്ട കൂടാൻ നമുക്ക് ഭഗവാനെ ദ്വേഷിച്ചവരും കര എന്താ ഭഗവാന് ദ്വേഷം വല്ലതുണ്ടോ ഒന്നേ നോക്കുകയുള്ളൂ ഭഗവാൻ അവനങ്ങനെ ചിന്തിക്കുന്നുണ്ടോ നല്ലത് അങ്ങനെ ചിന്തിക്കട്ടെ സംബന്ധാത് വൃഷ്ണയഹ വൃഷ്ണിവംശജരൊക്കെ കൃഷ്ണനോട് സംബന്ധം വെച്ചുകൊണ്ട് രക്ഷപ്പെട്ടു സ്നേഹാത് യൂയം പഞ്ചമാണ്ടവർ സ്നേഹം വെച്ചു ഭക്ത്യാവയം നാരദമഹർഷി പറഞ്ഞു ഞങ്ങളെ പോലെയുള്ള സാധുക്കൾ ഭക്തി ചെയ്യുന്നു അതുകൊണ്ട് ഏത് വികാരത്തിലും ഭഗവത് ഭക്തി ചെയ്യാം ഭജനം ചെയ്യാം എന്നുള്ളത് നാരദ മഹർഷിയുടെ നിശ്ചയമായ അഭിപ്രായം എന്നാണ് ഇപ്പോ ശിശുപാലന്റെ പൂർവജന്മത്തിനെ കുറിച്ച് പറയുകയാണ് ഹിരണ്യാക്ഷനെ ഭഗവാൻ വരാഹാവതാരത്തിൽ വധിച്ചു ഹിരണ്യാക്ഷൻ ഹിരണ്യ കശിപൂർ രണ്ടുപേരും ഭഗവത് പാർശവന്മാരായിരുന്നു സനകസനന്ദനാദികളെ അകത്തേക്ക് കടത്തി വിട്ടില്ല അവര് ശപിച്ചു അങ്ങനെയാണ് ചുവട്ടിലേക്ക് വന്നത് ഈ അമ്പലത്തിലൊക്കെ പാർശ്വന്മാരായിട്ട് നിൽക്കുന്നവർ വളരെ ജാഗ്രതയായിട്ടിരിക്കുന്നു അവിടെയാണ് ഏറ്റവും അപകടം ജയവിജയന്മാര് അവിടുന്ന് ചുവട്ടിലേക്ക് വന്നു ഹിരണ്യാക്ഷനും ഹിരണ്യകശ്യപുമായിട്ട് വന്നു ഹിരണ്യെന്നുവെച്ച സ്വർണം സ്വർണത്തിലേ കണ്ണു വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഹിരണ്യാക്ഷൻ ഹിരണ്യ അക്ഷം അക്ഷ കണ്ണെപ്പോഴും സ്വർണ്ണത്തിലാണ് എവിടെ സ്വർണം കിട്ടും എത്ര സ്വർണം ഉണ്ടാക്കാം കശിപു എന്ന് വെച്ചാൽ കട്ടിൽ സ്വർണം കൊണ്ട് കട്ടിൽ ഉണ്ടാക്കി സുഖിക്കുന്ന ആള് എന്നർത്ഥം എല്ലാം സുഖഭോഗികൾ ആ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും ഹിരണ്ാക്ഷനെ ഭഗവാൻ വരാഹ യജ്ഞവരാഹമൂർത്തിയായി വന്ന് വധിച്ചു ഹിരണ്യാക്ഷേ പൌത്രിപ്രപരവപുഷാദേവഭവതാം ഹതേം ശോകക്രോധഗ്ലിതധൃതിരെ തയ്യ സഹജ ഹിരണ്യംഭിപു അമരാതിസതീ പ്രതിജ്ഞാമാവല വധാർത്ത മധുരിപോ യാൻ വിഷ്ണുവിനെ വധിക്കും എന്ന് ഹിരണ്യകശിപു പ്രതിജ്ഞ ചെയ അസുരസതസിൽ വെച്ചാൽ കഠോരമായി മന്ധരാജലത്തിൽ ചെന്ന് തപസ് ചെയ്തു തപസ്സ് ചെയ്തു വരം വാങ്ങിച്ചു എന്താ വരം എല്ലാവർക്കും അറിയാം മരണത്തിന് എങ്ങനെയെങ്കിലും കടക്കണം എന്ന് ഭാവം മരണം എങ്ങനെയാ സാധാരണ ആരും ഒരാൾ മരിച്ചു എന്ന് സാധാരണമായി പറയുകയില്ല മരിച്ചു എന്ന് എങ്ങനെ മരിച്ചു നമ്മൾക്ക് ഇത്ര കാലം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഒരു വിശ്വാസം മരിക്കാൻ ഒരു കാരണം വേണമെന്നാണ് കാരണമില്ലെങ്കിൽ മരിക്കില്ല എന്നാണ് എത്ര വിട്ടുതരാൻ നോക്കൂ കാരണമില്ലെങ്കിൽ മരിക്കില്ല എന്നാണ് ആളുകൾ മരിച്ചു എന്ന് വെച്ചാൽ അത് യമൻ വാങ്ങിയ ഒരു വരവാണത്ര ആരും യമം കൊണ്ടുപോയി പറയില്ല എന്നാണ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു ക്യാൻസർ വന്ന് മരിച്ചു എന്തെങ്കിലും സുഖക്കേടിന്റെ പേര് പറയും അപ്പൊ ഇതൊക്കെ ഇല്ലാതാക്കിയാൽ മരണം എന്നാണ് ഈയിടെ ഒരാൾ പറഞ്ഞു ഒരു സയന്റിസ്റ്റ് പറഞ്ഞു ഇപ്പോ ഇന്നത്തെ മെഡിക്കൽ സയൻസ് പറയുന്നു ഡെത്ത് ഇസ് ഓൺലി എ ഡിസീസ് മരണം ഒരു വ്യാധിയാണ് അതിന് ഇത്ര കാലമായിട്ട് ഞങ്ങള് ഒരു ചികിത്സയൊന്നും ഇനി കണ്ടെത്തും എന്നാണ് കണ്ടെത്തിയാൽ എന്താവോ ആലോചിച്ച് നോക്കൂ മുത്തശ്ശന്റെ മുത്തശ്ശന്റെ മുത്തശ്ശന്റെ മുത്തശ്ശന്റെ മുത്തശ്ശൻ ഇവിടെ ഇരുന്നാൽ ഗതികേട് ഇപ്പൊ തന്നെ അവർക്കും നമുക്കും വയ്യാന്നുള്ള മട്ടിലാണ് പാടുകൾ ഇരിക്കണം ഏറ്റവും വലിയ കരുണയാണ് മരണമേ ഈ മരണത്തിന് എങ്ങനെയെങ്കിലും കടക്കാൻ എന്താ വഴി എന്നെ പകൽ കൊല്ലാൻ പാടില്ല രാത്രി കൊല്ലാൻ പാടില്ല മനുഷ്യൻ കൊല്ലാൻ പാടില്ല മൃഗം കൊല്ലാൻ പാടില്ല ദേവന്മാര് കൊല്ലാൻ പാടില്ല ബ്രഹ്മാവിന്റെ സൃഷ്ടിയിലുള്ളത് ഒന്നുകൊണ്ടും കൊല്ലാൻ പാടില്ല എന്ന് പല ബ്രഹ്മാവ് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു എന്ത് ധൈര്യത്തിലാ ബ്രഹ്മാവ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊന്നും വേണ്ടേ മരണത്തിന് വേറെ എന്തെങ്കിലും കാരണം ഒരാൾ പറഞ്ഞു മരണം വരാതിരിക്കാൻ ഒരു മുറിയിൽ കയറി വാതിലടച്ചു അപ്പൊ അവിടെ മരണം ഉള്ളിലിരിക്കുന്നുണ്ട് ഞാനിവിടെ ഉണ്ട് സഹൈവ മൃത്യുഹൂ വ്രജതി സഹമൃത്യു നിഷീധതേ ഗത് സുദീർഘ അധ്വാനം സഹമൃത്യുഹൂ നിവർത്തതേ നമ്മളുടെ കൂടെ വരണോ നമ്മളുടെ കൂടെ ഇരിക്കണോ നമ്മളുടെ കൂടെ നടക്കണു എന്താ ഇത് തന്നെ മൃത്യു ഈ ശരീരം തന്നെ മൃത്യുവേ ഇതിന്റെ പേര് തന്നെ മൃത്യു ഇതിനെ എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും നമ്മൾ ഇതിന് ശാശ്വതമായി വെക്കണം എന്ന് ഒരിക്കൽ കുംഭകോണത്തിൽ ഒരു യോഗി മരിക്കാതിരിക്കാൻ ഒരു മരുന്ന് കണ്ടുപിടിച്ചു നടന്ന സംഭവ കുറേ ആളുകളെ അറിയിച്ചു ഒരുപാട് ആളുകൾ ആ മരുന്നിന് ബുക്ക് ചെയ്തു വീട്ടിലുള്ള വയസ്സായവരൊന്നും അറിയിച്ചതേ ഇല്ല അത്ര ഇങ്ങനെ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ആ മരുന്ന് ആദ്യമായിട്ട് ആനി ബെസെന്റിന് കൊടുക്കാൻ തീരുമാനിച്ചു എന്നാണ് അതെങ്ങനെയൊക്കെ നടന്നതാ ആനി ബസെന്റിന് ആ മരുന്ന് കൊടുക്കാൻ തീരുമാനിച്ച് അറിയിച്ചിരുന്നു ഈ ഒരു പ്രത്യേക ദിവസം ഒരു അമ്പലത്തിൽ വെച്ച് പ്രദർശനം വൈകുന്നേരം സന്ധ്യാസമയത്ത് ആളുകളൊക്കെ കൂടി ഈ രോഗിയെ സ്വീകരിക്കാനായി എല്ലാ ഏർപ്പാടുകളും നടന്നു ഈ സിദ്ധം മരുത്വം എന്ന് പറയല്ലോ അതിന്റെ എന്തോ ആണ് വൈകുന്നേരമായി ഇയാളെ കാണാനില്ല കുറച്ച് കഴിഞ്ഞാൽ അന്വേഷിച്ചപ്പോ അന്ന് ഉച്ചയ്ക്ക് ഹാർട്ട് അറ്റാക്കിൽ പോയിന്ന മുന്നെ കണ്ടുപിടിച്ച ആള് മൃത്യുഹാസ ഭാഗവതത്തിലുണ്ടും മൃത്യുവിന്റെ ഒരു ഹാസം പരിഹാസം മൃത്യു നമ്മളെയൊക്കെ പരിഹസിക്കുകയാണെന്നാണ് നമ്മളതിനെയൊക്കെ ജയിക്കാൻ നോക്കുമ്പോൾ അത് നമ്മൾ ഏത് വാതിലടച്ചാലും ഏതെങ്കിലും വഴിക്ക് അത് വന്നോളൂ ഉള്ളില് എന്താന്ന് വെച്ചാൽ നമ്മളുടെ കൂടെ തന്നെ ഉണ്ട് നമ്മൾ തന്നെ മൃത്യുവാണ് അമൃതം ചെയ്വ മൃത്യുശ്ച സതസാഹ്ന മൃത്യുവും അമൃതവും രണ്ട് ഡയമെൻഷൻ പോലെയാണ് ഒന്നുണ്ടെങ്കിലും മറ്റൊന്നും അവിടെ ഉണ്ട് അപ്പൊ മരണത്തിന് എങ്ങനെയെങ്കിലുമൊക്കെ കടക്കണം എന്ന് പറഞ്ഞ് ഹിരണ്യകശിപു വരം ചോദിച്ചു വരം വാങ്ങിച്ചു അസാമാന്യ ശക്തി സമ്പാദിച്ചു ഇന്ന് നമുക്ക് ഹിരണ്യകശിപു കാണാം പ്രത്യക്ഷമായിട്ട് നമ്മളുടെ ആധുനിക ശാസ്ത്രം ഹിരണ്യകശിപു ആണ് അത് നിഷിദ്ധമായിട്ടുള്ള അർത്ഥത്തിലല്ല പറയുന്നത് എല്ലാ സുഖസാമഗ്രികളും നേടി കുറേയൊക്കെ തന്നെ ഭൗതികമായി ശാരീരികമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയുള്ള വസ്തുക്കളൊക്കെ കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്നു ഹിരണ്യരശുപ് ചെയ്തതൊക്കെ ചെയ്യുന്നുണ്ട് പാതാളത്തിലേക്ക് ചെന്ന് നോക്കി ബ്രഹ്മാണ്ടം മുഴുവൻ അന്വേഷിച്ചു വിഷ്ണു എവിടെന്ന് അന്വേഷിച്ചു വിഷ്ണു ഇല്ല എന്നാണ് സകൽ ജിതവത്കാശീൻ വൈകുണ്ഠത്തിൽ ചെന്ന് നോക്കിയത്രേ വിഷ്ണു ഇല്ല ഇവിടെ വിഷ്ണുവിനെ അന്വേഷിച്ചു വൈകുണ്ഠത്തിൽ ചെന്നതാണ് വിഷ്ണു ഇല്ല എന്തുപറ്റി ബഹിർദൃഷ്ടേഹെ അന്തർധതിത ഹൃദയേ സൂക്ഷ്മ ഇവൻ ബഹിർദൃഷ്ടിയാണ് ഇവൻ പുറത്തേക്കേ നോക്കുകയുള്ളൂ ഉള്ളിലേക്ക് നോക്കില്ല എന്ന് ഭഗവാൻ അറിയാം അതുകൊണ്ട് ഇവന്റെ ഹൃദയത്തിലേക്ക് തന്നെയിരുന്നു ബാക്കിയൊക്കെ അന്വേഷിക്കുന്നുണ്ടേ ഇന്ന് സയൻസും ചെയ്യുന്നത് അതാണല്ലോ എല്ലാം അന്വേഷിക്കുന്നുണ്ട് അന്വേഷിച്ച് അന്വേഷിച്ച് ഒരു ഏറ്റവും പരമാണുവിൻ്റെ ഉള്ളിലേക്ക് കിടക്കണം വരെ വന്നു ആറ്റത്തിൻ്റെ ഉള്ളിൽ ചെന്ന് അന്വേഷിക്കായി ബ്രഹ്മാണ്ടത്തിലൊക്കെ അന്വേഷിക്കായി സമുദ്രത്തിൻ്റെ ഉള്ളിൽ ചെന്ന് എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്റർ ഭൂമിയുടെ ഉള്ളിൽ കുഴിച്ചുകൊണ്ട് അന്വേഷിക്കാൻ പോകണു എത്ര കുറെയൊക്കെ സമുദ്രത്തിലെ വെള്ളമൊക്കെ കുഴിയിലൂടെ ഇറങ്ങി പോവാവോ ജപ്പാനിൽ ചെയ്യാൻ പോവാണ് ഭൂമിയിൽ കുഴിച്ചുള്ളിലേക്ക് പോവുകയാണെന്നാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ എന്തിനാവും ഇങ്ങനെയൊക്കെ അന്വേഷണങ്ങൾ നടക്കുന്നു എന്തൊക്കെയോ കണ്ടുപിടിക്കുന്നു സ്പേസിലൊക്കെ ഒരു ധാരാളം റിസർച്ച് നടക്കുന്നു എത്രയോ പുതിയ പുതിയ ഗ്രഹങ്ങളും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ബ്ലാക്ക് ഹോൾസ് എന്നാണ് പറയുന്നത് നക്ഷത്രങ്ങളെയൊക്കെ വിഴുങ്ങുന്ന തമോഹർത്തങ്ങൾ ഇതുമൊക്കെ കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്നു എല്ലാം കണ്ടുപിടിച്ച മനുഷ്യൻ എന്തൊക്കെ കണ്ടുപിടിച്ചു ഇപ്പൊ വേർത്താൽ എ ഫാനായി ഇതൊന്നും ഒരു അറുപത് എഴുപത് വർഷം മുമ്പോ നൂറ് വർഷം മുമ്പോ ആലോചിക്കാൻ വയ്യാത്ത സാധനങ്ങൾ ഇതൊക്കെ മുമ്പിൽ വന്നിരിക്കുന്നു ഇവിടെ ഇരുന്ന് എവിടെയുള്ള ആളോട് വേണമെങ്കിൽ സംസാരിക്കാം നോക്കിക്കൊണ്ട് സംസാരിക്കാം എല്ലാം വന്നു പക്ഷേ ഒരു കാര്യത്തിലാണ് നോക്കണം നമ്മൾ നമ്മളെ തന്നെ പറ്റിച്ചിരിക്കാണ് എന്താ സമാധാനമായിട്ടിരിക്കാൻ ഒരു മെഷീൻ കണ്ടുപിടിച്ചൂടെ പേസ് മേക്കർ കണ്ടുപിടിച്ചു അതിന് പകരം പീസ് മേക്കർ കണ്ടുപിടിച്ചൂടെ ഒന്നിലിരുന്ന് ഒരു സ്വിച്ച് ഓൺ ചെയ്താൽ മനസ്സിലുള്ള ദുഃഖമൊക്കെ പോയി സമാധാനം ശാന്തി ഏറ്റവും ആവശ്യം അതാണല്ലോ പീസ് മേക്കർ മെഷീൻ അതിലിരുന്നാൽ സ്വിച്ച് ഓൺ ചെയ്താൽ ശാന്തി മനസ്സിന് സമാധാനം ആനന്ദം അങ്ങനെ ഒന്നും കണ്ടുപിടിച്ചൂടെ അത് മാത്രം നടക്കില്ല നമുക്ക് വാസ്തവത്തിൽ വേണ്ടത് എന്താണോ അത് മുഴുവൻ വിട്ട് ഇന്ദ്രജാല പ്രകടനമാണ് നടക്കുന്നത് ഇന്ദ്രജാല പ്രകടനം എന്തൊക്കെയോ ഇന്ദ്രജാലം കാണിക്കും പക്ഷേ ആ ഇന്ദ്രജാലം നോക്കിയിരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടത് നഷ്ടപ്പെട്ടു പോകാം ഇതൊക്കെ വിലാസമാണ് വിലാസത്തില് ഋഷികൾക്കും ഇതൊക്കെ അറിയാമായിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ ശാസ്ത്രം എഴുതി വെച്ചിട്ടുണ്ട് പുരാണങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഏകദേശമൊക്കെ ഊഹിക്കാം ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭാഗവതത്തിൽ തന്നെ ഇനി പ്രമാണമായ കഥകളൊക്കെ ഉണ്ട് ആണിനെ പെണ്ണാക്ക പെണ്ണിനെ ആടാക്കാം കുട്ടി ജനിക്കാത്ത സ്ഥലത്ത് പുത്രോത്പത്തിക്ക് വേണ്ടത് ഏർപ്പാടൊക്കെ ഉണ്ടാക്കി കൊടുക്കാം പുരുഷന്മാര് പ്രസവിക്കവരെയുണ്ട് ഇനി ഭാഗവതകന്ധത്തിൽ വരും അതായത് എന്തും ഇതൊക്കെ ഇനിയിപ്പോ നാളെ സയൻസ് കാണിക്കും ഇതിനൊക്കെ ഇവിടെ പക്ഷെ എന്തുകൊണ്ട് അത് ഋഷികൾ പ്രചരിപ്പിച്ചില്ല എന്ന് വെച്ചാൽ ഇത് മുഴുവൻ വിലാസമാണെന്നും ഇതിൽ പെട്ടുപോകും ജീവനെന്നും വാസ്തവത്തിൽ വേണ്ടത് എന്താണോ അത് നഷ്ടപ്പെട്ടു പോകും എന്നും അറിഞ്ഞുകൊണ്ട് തന്നെ പ്രചരിപ്പിക്കാതെ വെച്ചു അറിഞ്ഞുകൊണ്ട് തന്നെ ഇതൊക്കെ അപകടമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രചരിപ്പിക്കാതെ ഈ എല്ലാം കിട്ടിയിട്ട് വിഷ്ണുവിനെ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് കാര്യം എല്ലാം കിട്ടി ഹിരണ്യകശിപു നേടിയെടുത്തു വിഷ്ണു ഇല്ല വിഷ്ണുവിനെ ആരാധിക്കരുത് നമുക്ക് വേണ്ടത് ഭൗതികതയാണ് നമ്മൾ ഇന്നും അങ്ങനെയാണ് ഏകാന്തത്തിൽ ഇരുന്ന് ധ്യാനിക്കുകയോ ഭജനം ചെയ്യുകയോ അതൊന്നും അധ്യാത്മികമല്ല അധ്യാത്മികം എന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് പുറമേക്ക് ചില പ്രവൃത്തികളൊക്കെ ചെയ്താലേ അധ്യാത്മികമാവുള്ളൂ നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കണു ആന്തരിക ജീവിതത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ഉയർന്ന ആദർശങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കണു അങ്ങനെയൊക്കെ ചെയ്യുന്നവർ സ്വാർത്ഥന്മാരാണോ എന്നാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പറയണത് ഏകാന്തത്തിൽ ധ്യാനവും ജപവും ഭക്തിയും ചെയ്യുന്നവർ സ്വാർത്ഥന്മാരാണെന്നും ആരാ നിസ്വാർത്ഥന്മാരെ വെച്ചാൽ കുറേ ആസ്പത്രികൾ സ്കൂളൊക്കെ വന്നാലേ നിസ്വാർത്ഥതയാവുകയുള്ളൂ എന്നാണ് അതൊന്നും വേണ്ടാന്നല്ല അതൊക്കെ വേണം പക്ഷേ അതല്ല കാര്യം അതൊന്നും ഇപ്പൊ ആസ്പത്രികളും കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെട്ടുവോ അത്യധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രശ്നം അതൊക്കെ നമുക്ക് വേണം ഭൗതിക ആവശ്യമെല്ലാം വേണം പക്ഷേ അതല്ല കാര്യം ഇപ്പൊ ഹിരണ്യകശിപുവിൻ്റെ ഒക്കെ പരാജയം അതാണ് എല്ലാം നേടിയെടുത്തു സർവത്ര വിഷ്ണുവിനെ അന്വേഷിച്ചു വിഷ്ണു കണ്ടുകിട്ടില്ല എന്താ പുറത്താണ് അന്വേഷിച്ചതേ പുറത്ത് മുഴുവൻ അന്വേഷിച്ചു എവിടെ വിഷ്ണു വിഷ്ണുവൊന്നുമില്ല എന്നെ പേടിച്ചു പോയി വിഷ്ണു ഇതൊക്കെ ഈ കഥകൾ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ മർമ്മം വിട്ടുകളയരുത് എല്ലാ കാലത്തുമുണ്ട് ഭാഗവതം ഹിസ്റ്ററി അല്ല ചരിത്രമാണോ എന്ന ആളുകൾ ചോദിക്കും എന്താന്ന് വെച്ചാൽ ചരിത്രമാണെങ്കിലേ ഞങ്ങൾ സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞാണ് ഈ ചോദ്യകർത്താവിന്റെ ചോദ്യം ഭാഗവതം ചരിത്രമേ അല്ല കാരണം എന്താന്ന് വെച്ചാൽ ചരിത്രം ശുദ്ധമേ കള്ളമാണ് കഴിഞ്ഞു പോയ കാര്യം എനിക്കെന്തിന് ഔരംഗസീബ് ജീവിച്ചാൽ എനിക്കെന്ത് വേണം അയാൾ മരിച്ചാൽ എനിക്കെന്ത് വേണം അവരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പഠിച്ചിട്ട് എനിക്കെന്ത് വേണം ഇപ്പൊന്നും പ്രയോജനമില്ലല്ലോ പക്ഷെ ഭാഗവതം മിസ്റ്റിസിസം എന്ന് പറയുന്നത് ഭക്തിഗ്രന്ഥം എന്ന് പറയുന്നത് ചരിത്രമല്ല നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്നതാണ് ഇവിടെ ഇപ്പൊ ചരിത്രം പ്രയോജനമില്ലല്ലോ ആരോ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഇപ്പൊ കേട്ടിട്ട് എനിക്കെന്ത് വേണം ഹിരണ്യെ കശിപ്പോകുന്ന ഒരാൾ എത്രയോ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ട് എനിക്കെന്ത് വേണം അയാളുടെ കഥ ഇപ്പൊ എനിക്കെന്ത് പ്രയോജനം ഇവിടെ ഇപ്പൊ നടക്കണമെന്നാണ് ഇപ്പൊ നടക്കണോ അപ്പോ ഭഗവാനെ ഭഗവത് ഭജനത്തിന് വിരോധിയായ ഒരു തത്വമാണ് ഹിരണ്യകശിപു ഹിരണ്യകശിപു നാട്ടിൽ മുഴുവൻ പ്രചരിപ്പിച്ചു ഭക്തിക്കെതിരായിട്ടും അതിനുവേണ്ട വിരോധമായ സന്ദർഭങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചപ്പോ ഭഗവാൻ എന്ത് ചെയ്തു അയാളുടെ വീട്ടിൽ അവതരിച്ചു നാട്ടിൽ ഭക്തിക്ക് വിരോധം ഉണ്ടാക്കിയ വീട്ടിൽ ഭഗവാൻ അവതരിച്ചു പ്രഹ്ലാദൻ എന്ന ഭക്ത ഭക്തിമാനായ ഒരു കുട്ടി ഹിരണ്യകശിപു പ്രകർഷേണ ഹ്ലാദ ഹ്ലാദിനീ ശക്തി എന്ന് വെച്ചാൽ ജ്ഞാനാനുഭൂതി ഭഗവത് അനുഭൂതി എന്നർത്ഥം ആ അനുഭൂതി പ്രബലമായി നിൽക്കുന്നതുകൊണ്ട് പ്രഹ്ലാദൻ എന്നു പേര് ഈ പ്രഹ്ലാദൻ ഹിരണ്യകശുവിന് പുത്രനായിട്ട് ജനിച്ചു പ്രഹ്ലാദോ ഗുണൈഹി മഹതുപാസകശീലസമ്പന്ന സത്യസന്ധോ ജിതേന്ദ്രിയ പ്രഹ്ലാദൻ ആരായിരുന്നു മഹാൻ ആരാ പറയണത് പ്രഹ്ലാദനെ കുറിച്ച് പ്രഹ്ലാദന്റെ ഗുരു ഗുരു ശിഷ്യനെ കുറിച്ച് പറയാണ് മഹാൻ മഹാത്മാവായിരുന്നു ഇന്ദ്രിയ ഉള്ളവനായിരുന്നു ഭഗവത് ഭക്തനായിരുന്നു എന്ന ഉദ്വിഗ്ന ചിത്ത നാരദൻ പറയാണ് എന്തൊക്കെ തന്നെ പുറമേക്ക് നടന്നാലും പ്രഹ്ലാദൻ ഉള്ളിൽ ചലിക്കില്ല എന്നാണ് നോദ്വിഗ്നചിത്തോ വ്യസനേഷു നിസ്പഹ ആ പ്രഹ്ലാദൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോ വാസുദേവേ ഭഗവതി എസ് എ നൈസർഗികീരത്തിഹി ഭക്തി ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് വന്ന ഭക്തിയല്ലാത്ത തുളസി വളരുമ്പോ തന്നെ മണത്തോടെ സുഗന്ധത്തോടെ വളരും അതുപോലെ ഭക്തി പ്രഹ്ലാദിന് ജന്മനുണ്ട് നൈസർഗികീരത്തിഹി പറഞ്ഞു കൊടുത്തു വരുന്ന ഭക്തിക്കും സഹജമായിട്ട് വരുന്ന ഭക്തിക്കും വ്യത്യാസമുണ്ട് കുട്ടിക്ക് കളിപ്പാട്ടങ്ങളൊക്കെ ഹിരണ്യകശ്യു ആ കളിപ്പട്ടോ ഒക്കെ കുട്ടി മാറ്റി വെച്ചു കളിപ്പാട്ടൊന്നും രുചിയില്ല ന്യസ്തീടനഗോബാളോ ജഡവത്തന് മനസ്തയാഹ ഗൃഹീതത്മാേദഗദീദൃശം ആസീന സംവിശന് തിഷൻ ആസീന പര്യടൻ അശന് ശനഃ പ്രഭിബന് ബ്രുവൻ നാനുസന്ധത്തേതാ ഗോവിപരിരംഭിതചിത് ദുദതി വൈകുണ്ഠചിന് ശബചേത ഹസതി തച്ചിന്ഹ്ലാദമുദ്ഗായി കച്ചചിത് നദതി നദതി കച്ചചിത്കൺോ വിലജോ നൃത്തതി കച്ചചിത്വചിത് തന്മയോനുചാരചിത് ഉളക തൂഷണീമാതേ സംസ്പർശനിവൃത്ത അസ്പന്ദ പ്രണയാനന്ദ സലിലാമീലി ദക്ഷണാം പ്രഹ്ലാദന്റെ ഭാവസമാധികളെയൊക്കെ പറയാണ് ഈ ശ്ലോകം വ്യാഖ്യാനിച്ച അർത്ഥം പറയാനൊക്കെ ന്യസ്തക്രീഡനഗോപാലോ കളിപ്പാട്ടങ്ങളൊക്കെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോഴും കളിപ്പാട്ടങ്ങളൊക്കെ മാറ്റിവെച്ച് ഭാവസമാധി സ്ഥിതിയിൽ കൂട്ടിയിരിക്കുന്നു ജടവത് തന്മനസ്തയാ കുട്ടിക്ക് എന്തെങ്കിലും ഗ്രഹബാധ വന്നുവോ എന്ന് വിചാരിക്കുന്നതാണ് അങ്ങനെ കിടക്കുന്നത് കണ്ടാൽ രാമകൃഷ്ണ പരമവംസർ ചെറിയ കുട്ടി ഒരു ദിവസം അമ്മ അമ്പലത്തിലേക്ക് എവിടെയോ ദൂരത്ത് പോകുമ്പോൾ കയ്യിൽ കുറച്ച് മലര് കൊടുത്തിട്ടുണ്ട് പൊരി മലര് തുണിയിൽ വെച്ച് കെട്ടിക്കൊണ്ട് പാടത്തിലൂടെ ആ മലരും കുറിച്ചുകൊണ്ടേ നടക്കണം ചെറിയ കുട്ടിയായിരിക്കുമ്പം അപ്പോ പാടത്തോടെ നടക്കുമ്പോ ആകാശത്തില് കാർമേഘം മേഘ ആകാശം കരുത്ത് ഇരുണ്ട ആകാശത്തില് വെളുത്ത കൊറ്റികൾ കൊക്കുകൾ ആകാശത്തിൽ ഇങ്ങനെ പറന്നു ആ വലാഹങ്ങളെ കണ്ടപ്പോ പെട്ടെന്ന് ഭാവം മാറി മനസ്സ് താഴ്ന്ന തലം വിട്ട് എത്രയോ ഉയർന്ന് എവിടെയോ പോയി ആ വരമ്പില് ബോധം ബാഹ്യബോധം നഷ്ടപ്പെട്ട് സമാധിയിലേക്ക് വീണു മൂന്ന് ദിവസത്തേക്ക് ഉണർന്നില്ല എന്നാണ് അതിനുശേഷം അവർ എന്തോ കുട്ടിക്ക് ബാധയായി പേടിച്ചു എണീപ്പിച്ചപ്പോൾ പറഞ്ഞു ഞാൻ പരമാനന്ദത്തിലായിരുന്നു ഞാൻ ആനന്ദ നിർവൃത്തിയിലായിരുന്നു എന്നാണ് ലോകം എന്താണെന്ന് ഞാൻ അറിഞ്ഞില്ല കിമപ്പി സതത ബോധം കേവല ആനന്ദരൂപം അതിവേലം നിത്യമുക്തം നിരീഹം निरवधि गगनाभम निष्कल निर्विकलपम हृदिकलय विद्वां ब्रह्मपूर्ण सखानु प्रहलाद चलिए कुटी आज मर जड जड़त जडे शरीर जडं आई तीर अवणु चलो ग्रहबाध कुटी के ए ग्रह कृष्ण ग्रह बोले ग्रह पढ़ा നമ്മൾ ഭഗവാനെ പിടിക്കുന്നതിനും ഭഗവാൻ നമ്മളെ പിടിക്കുന്നതിനും വ്യത്യാസമുണ്ട് നമ്മൾ ഭഗവാനെ പിടിക്കുമ്പോൾ എങ്ങനെയാ ജപം ചെയ്യുക ധ്യാനം ചെയ്യുക പ്രാണായാമം ചെയ്യുക ഏകാഗ്രമായിട്ടിരിക്കുക ഇതൊക്കെ നമ്മളുടെ പ്രക്രിയ ഭഗവാൻ നമ്മളെ പിടിക്കുമ്പോഴോ നമ്മൾ ഓടിയാലും രക്ഷയില്ല ഭാവം നമ്മളെ പിടിക്കും കൃഷ്ണൻ ഇങ്ങോട്ട് വന്ന് ഗ്രഹം പോലെ പിടിച്ചു എന്നാണ് പിത്ത് വിട്ട് ഉനൈ നേർ പിത്തനാക്കിനെ പൈത്തിയം ിനാചന ഭഗവാൻ ഒരു പാട്ട് അഹങ്കാരങ്ങി പൂന്ത്യ ഒരു പേയ ആക്കിട്ടിനെയൻ അരുണാചല ഭഗവത് ഭാവം ഉള്ള പൂന്ന് നമ്മളെ പിടിച്ചിക്കും നമ്മ ഭഗവാനെ പിടിച്ചുകൊണ്ട് വിത്യാസം ഭഗവാന് പിടിച്ചുകൊരത്തി തുരത്തി പിടിച്ച് ആത്മണി അവസ്ഥിതം ആണിക എത്രയോ തപസ് പാള വിരമപൊരു വിട്ട് ഓടണം അടിച്ച് അടിച്ച് പിടിച്ച് ദുഃഖത്തെ കുടുത്തു തൻകിട്ട് ഇത്തേണ്ടത്തെ എപ്പി വർണ്ണിക്കുന്നത് എപ്പി എല്ലാം ഭക്താവോട് അനുഭവം പ്രഹലാദനുക്ക് അത് മാറി അന്ത ഭാവ സമാധി നിലയില കൃഷ്ണനം പിടിച്ച്ക്കാം ഗ്രഹപാത കൃഷ്ണനും ഒരു ഗ്രഹം ജാതകത്തെ പാത്താ നവഗ്രഹങ്ങൾ ഒരേ ഗ്രഹം താൻ കൃഷ്ണ ഗ്രഹ ഗ്രഹീതാത്മാ നവേദ ജഗതീ ദൃഷം ആസീനഹാം പര്യടന്ന് അശ്നന്ന് എല്ലാരെ പോലെയും സാപ്പിടാൻ എല്ലാം പണ്ടത്തെയും അനുസന്ധേതാനി ഗോവിന്ദ പരീംഭിതാ അനുസന്ധാനമേ പണലേ നാങ്ങുകേക്കറു ഒട്ടിക്കാമ എല്ലാമേ അപനിലേക്ക് ശരീരം നടക്കുന്നത് ശരീരം ഉക്കാറുണ്ട് ശരീരം പേശ്ര ശരീരം വ്യവഹാരം പണ്ടത് എതിലെയും നടക്കുക നാട്ടു ഭാവമേ ഇല്ല സാധാരണ നമുക്ക് എല്ലാത്തിലും ഒട്ടിക്കും ഞാനികൾക്ക് ഒട്ടിക്കാമ അത് നാങ്കർത് അതിൽ ഒട്ടിക്കാമ പ്രവർത്തികൾ നടക്കും സമാധി നിലയിലേ ഇരുപ്പാവസീന പര്യടൻ പ്രഭിബൻ വൈകുണ്ട ചിന്താശപനചേത ചില സമയം കരയുന്നു ചിലപ്പോ ഉറക്കുന്നു അതുകൊണ്ടൊക്കെയാണ് ഭ്രാന്തെന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ കരയുന്നു ചിലപ്പോൾ ചിരിക്കുന്നു ക്വചിത് ഹസതി തച്ചിന്താഹ്ലാദ ഉദ്ഗായതി നദതിക്വജിത് ഉത്കണ്ഠോ വിലജ്ജോ നിർത്യതിക്വജി ക്വചിത് തദ്ന യുക്ത തന്മയോണുചകാര ചില സമയം ആ ഭാവന ഭഗവത് അനുഭൂതിയില് തന്മയഭാവത്തിൽ അനേക മുദ്രകൾ കാണിക്കുന്നു ചിലപ്പോ അശ യാതൊരു അസ്പന്ദ പ്രണയാനന്ദ സലിലാമീലി തണ നിശബ്ദമായി നിശ്ചലമായി ഇരിക്കുന്നു അടിത്തട്ടിൽ ഉണ്ടാവുന്ന ഭാവാവേശം ഒരു തടാകത്തിൽ ചുവട്ടിൽ ഒരു മത്സ്യം സഞ്ചരിച്ചാൽ ജലത്തിൻ്റെ ഉപരിതലത്തിൽ അല ഉണ്ടാവുന്ന പോലെ ഹൃദയത്തിന്റെ അഗാധത്തിൽ ഭാവം ഉണ്ടാകുമ്പോൾ സ്പന്ദനമില്ലാതെ ഇരിക്കുന്നുവെങ്കിലും കണ്ണില് കണ്ണീരു പെരുകുന്നു ആനന്ദാശ്വരവും ഉണ്ടാകും ആനന്ദം കൊണ്ട് കണ്ണീരു വരുമ്പോൾ കണ്ണു മുഴുവൻ നനച്ച് കടക്കണ്ണിലൂടെ ഒഴുകുമത്രെ ദുഃഖം കൊണ്ട് കണ്ണീര് വരുമ്പോൾ മൂക്കിന്റെ അടുത്തുകൂടെ ഒഴുകും ആനന്ദാശ്രുരുവിന് മാധുര്യം ഉണ്ടാവും എന്നാണ് ഭർത്തൃഹരി പറയണത് യോഗികൾ ബ്രഹ്മാനന്ദ അനുഭവിക്കുമ്പോ കുരുവികളൊക്കെ പക്ഷികളൊക്കെ വന്ന് മടിയിലിരുന്ന് ആ കണ്ണീര് കുടിക്കുമെന്നാണ് ധന്യാനാം ഗിരിക്കന്ദരേഷു വസതാം ജ്യോതിഷ്പരം ധ്യായതാം ആനന്ദാശ്രുഗണാൻ പിബന്തി ശകുനാഹ ഇവിടെ പ്രഹ്ലാദൻ ആനന്ദസ്ഥിതിയിലിരുന്ന് സ്പന്ദനമില്ലാതെ ആ ആനന്ദത്തിനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇത്രയൊക്കെ പ്രഹ്ലാദന് ഭക്തി ഉണ്ടായിട്ട് ഹിരണ്യകശുബു എങ്ങനെ വെറുതെ വിട്ടു ചോദിച്ചാൽ പ്രഹ്ലാദന്റെ ഈ ഭക്തിയൊന്നും ഹിരണ്യകശുബു അറിഞ്ഞില്ല അയാൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ മുഴുകിയിരിക്കുകയാണ് അപ്പൊ അമ്മയാണ് വളർത്തിയത് കയാതു പരമഭക്തിയായതുകൊണ്ട് നാരദന്റെ ശിഷ്യായതുകൊണ്ട് കുട്ടിയുടെ ഭക്തിയെ പോഷിപ്പിച്ച് വളർത്തിക്കൊണ്ടിരുന്നു രണ്യകശിവു പ്രഹ്ലാദന് സ്കൂളിൽ ചേരാനുള്ള വയസ്സായി പാഠശാലയിൽ ചേർക്കാനുള്ള വയസ്സായപ്പോ പാഠശാലയിൽ കൊണ്ടുപോയി ചേർക്കാൻ തീരുമാനിച്ചു അവർക്കൊരു പാഠശാലയുണ്ട് പാഠശാലയുടെ ആചാര്യൻ ശുക്രാചാര്യരാണ് ശുക്രാചാര്യർ പറഞ്ഞു നാം ഒരു തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടുകയാണ് എപ്പോ വരും പറയാൻ പറ്റില്ല നീ നരസിംഹസ്വാമി വന്നിട്ടേ വരുള്ളൂ തീരുമാനിച്ചിരിക്കുകയാണോ ഉള്ളില് എന്താന്ന് വെച്ചാൽ ഇവിടെ നിന്നാൽ പ്രഹ്ലാദനെ വേണ്ടാത്തവരൊക്കെ പഠിപ്പിക്കാൻ പറയും അതുകൊണ്ട് അദ്ദേഹം പഠിച്ചിട്ട് പഠിപ്പിച്ചിട്ട് ശരിയാകാത്ത രണ്ടു മക്കളുണ്ട് ഷണ്ടാമർക്കന്മാരുടെ അവരെ പാഠശാലയുടെ ഇൻചാർജായിട്ട് ഏൽപ്പിച്ച് ശുക്രാചാര്യർ അവിടുന്ന് പുറപ്പെട്ടു ആ പാഠശാലയിൽ പ്രഹ്ലാദനെ കൊണ്ടുചെന്നാക്കി ചണ്ടാമർക്കന്മാർ പ്രഹ്ലാദനെ പഠിപ്പിച്ചു കുറച്ചു ദിവസമൊക്കെ പഠിപ്പിച്ചപ്പോ ഒരു ദിവസം എരണ്യ കശിപ്പ് വന്നു കുട്ടി നല്ലവണ്ണം പഠിക്കണ്ടോ നോക്കാനായിട്ട് വന്നു നല്ലവണ്ണം പഠിപ്പിക്കണം രാജനീതി ഒക്കെ പഠിപ്പിക്കണം എന്നെ പോലെ ആകണം എന്റെ മകനും എന്നാണ് ഹിരണേകശിപുവിന് ആഗ്രഹം പക്ഷെ കുട്ടിക്കും അച്ഛനും അന്തരം ഒരുപാട് എന്നെ പോലെ എന്റെ പുത്രനുമാകണം എന്ന് പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് വന്ന് പരീക്ഷിക്കുകയാണ് കുട്ടിയുടെ അടുത്ത് വന്നു കുഞ്ഞെ പറയൂ എന്താ പഠിച്ചത്യംസ് ഭവാൻ എന്താ നല്ലത് ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം പറയൂ എല്ലാ അച്ഛനും അമ്മയ്ക്കും കുട്ടികൾ അവർ ചോദിച്ചാൽ അവർക്കിഷ്ടപ്പെടുന്നതെന്ന് എന്തെങ്കിലും പറയണം പറയൂ എന്താ പഠിച്ചത് പറയൂ മന്യതേ സാധു യവാൻ പ്രഹ്ലാദൻ ഹിരണ്യകശിപു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് പറഞ്ഞത് ഹേ അസുരവര്യ എന്ന് വിളിച്ചു ആദ്യം ഹേ അസുരശ്രേഷ്ഠനായ അച്ഛ അച്ഛനെ സന്തോഷയാ മകൻ ഹേ അസുരവര്യ തത് സാധു മന്യേ അസുരവര്യദേഹി നാം സദാ സമുദ്ഗ്നധിയാ അസദ്ഗ്രഹാ ഹി വാത്മപാതം ഗൃഹം അന്ധകൂപം വനം ഗതോയ ഹരിം ആശ്രയേത അച്ഛ സത്തിനെ ആശ്രയിക്കണം അസത്തിനെ വിടണം സത്ത് എപ്പോഴും ഉള്ളതാണ് അസത്ത് ഉള്ളപോലെ തോന്നിയാലും വാസ്തവത്തിൽ ഇല്ലാത്തതാണ് നാ സതോ വിദ്യത്തെ ഭാവോ വിദ്യത്തെ സതഹാ ഉഭയോ അപ്പൊ ദൃഷ്ടോന്തസ്വനയോ തത്വദർശിവി തത്വദർശികൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് ഏത് ആദിയിലും ഇല്ലയോ യാ ഏതൊന്ന് അന്തത്തിലും ഇല്ലയോ അത് നടുവിൽ കാണപ്പെട്ടാലും വാസ്തവത്തിൽ ഇല്ലാത്തതാണ് ആദൌ അന്തേജത് നാസ്തി വർത്തമാനേ തഥാ ഒരു സിനിമയൊക്കെ കാണുന്നു സിനിമ കാണാൻ പോകുമ്പോ ആളുകള് കരഞ്ഞിട്ട് കരഞ്ഞിട്ട് വരും സിനിമ കണ്ടിട്ട് ചില സിനിമ എന്നാലും കാണാൻ പോവും എന്താന്ന് വെച്ചാൽ വാസ്തവമല്ല എന്ന് അവർക്കറിയാം അത് മുമ്പിൽ ഇല്ല കുറച്ചു കഴിഞ്ഞാലും ഇല്ല നടുവിൽ കുറച്ചു നേരമേ ഉള്ളൂ അതിനേക്കാളും ഡ്യൂറേഷൻ അവർക്കുള്ളതുകൊണ്ട് അത് അനിത്യമാണെന്ന് അവർക്കറിയാം അതുകൊണ്ട് ദുഃഖമാണെങ്കിൽ പോലും ആസ്വദിച്ചിട്ട് വരും ജീവിതത്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നിത്യമാണെന്ന് നമ്മളങ്ങോട്ട് ധരിച്ചിരിക്കുന്നത് കൊണ്ടും ഇവിടുത്തെ വസ്തുക്കളൊക്കെ നിത്യമാണെന്ന് കരുതിയിരിക്കുന്നത് കൊണ്ട് ഈ ദുഃഖം ഇത് കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്നില്ല ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകണില്ല ഇപ്പൊ ഈ നമ്മൾ തന്നെ കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്നില്ല ഇനി കുറച്ച് വർഷം കഴിഞ്ഞാൽ ഇല്ല ഇപ്പൊ നടുവിലാണിത് അപ്പൊ ഈ രൂപവും വേഷവും ഒക്കെ എല്ലാം നിഹതാഹാപൂർവമേവ് എന്ന് ഭഗവാൻ പറഞ്ഞതാണ് എല്ലാം മരണത്തിന്റെ വശത്ത് കിടക്കുക വാസ്തവത്തിന് മുമ്പിൽ കാണപ്പെടുമ്പോഴും അത് വാസ്തവത്തിൽ ഇല്ലാത്തതാണെന്ന് വർത്തമാനേപി തത്തത അതുകൊണ്ട് ഇല്ലാത്ത വസ്തുക്കളിൽ ശ്രദ്ധയെ പതിപ്പിക്കരുത് എപ്പോഴും ഉള്ളത് ഏതാണോ അതിനെ ഗ്രഹിക്കണം എപ്പോഴും ഉള്ളത് ഏതാണ് സത്ത് സത്ത് എന്താണ് എല്ലാവരുടെ ഉള്ളിലുമുള്ള ആത്മ ശരീരം അസത്ത് മനസ്സ് അസത്ത് ബുദ്ധി അസത്ത് അതാണ് ഏറി വന്നാൽ ചീത്ത വിളിക്കാവുന്ന വാക്കേണ്ട അസത്ത് എന്ന് പറയുന്നു ഇല്ലാത്ത വസ്തുവെന്നാണ് അർത്ഥം ശരീരാദികൾ അസത്ത് ആത്മാ നിത്യവസ്തു സത് അതുകൊണ്ട് നമ്മളുടെ എല്ലാവിധ ചാഞ്ചല്യത്തിനും മനസ്സിന്റെ പിടച്ചലിനും കാരണം അസത്തിനെ ആശ്രയിക്കലാണ് അസത്തിനെ ആശ്രയിക്കുന്നത് എല്ലാ ദൂഷ്യങ്ങളും വരും സത്തിനെ ആശ്രയിക്കുന്നത് എല്ലാ നന്മയും വരും അതുകൊണ്ട് അസദ്ഗ്രഹത്തിനെ വിടണം പ്രഹ്ലാദൻ പറയുന്നത് ഹിത്വാം സദാ സമുദ്വിഗ്നധിയാം അസദ്ഗ്രഹാത് അസത്തിനെ പിടിച്ചിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് സമുദ്വേഗം ഉദ്വേഗം അജിറ്റേഷൻ എപ്പോഴും പടപടപടപട ഒരു പേടി എന്താ ഈ പേടിക്ക് കാരണം ഈ ശരീരം ഞാനാണെന്നുള്ള ഭാവമാണ് ഈ ശരീരത്തിനെ സുഖിപ്പിക്കലാണ് ലക്ഷ്യമെന്നൊരു ഭാവം ഇവിടുത്തെ സാധനങ്ങളൊക്കെ നിത്യമാണെന്നുള്ള ഭാവം ഇതൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരു ഭയം അപ്പൊ ഇതൊക്കെ വിട്ടുപോവോ എന്നുള്ള പേടി രാഗ ഭയക്രോധം വസ്തുക്കളോട് അറ്റാച്ച്മെൻറ്റ് അത് നമുക്ക് കിട്ടാതെ വരുമോ അഥവാ കിട്ടിയത് പോകുവോ എന്ന് പേടി അതിനെ ആരെ എടുക്കാൻ നിൽക്കണോ അവരോട് കോഹം ഇതിന് മുഴുവൻ കാരണം ഈ അസത് വസ്തുക്കൾ ഉണ്മയാണെന്നുള്ളതാണ് അതിനെ വിട്ട് അതിന് കാരണം എന്താ അന്ധകൂപം ഗൃഹം പ്രഹ്ലാദം പറയാം അച്ഛ ഇത് പൊട്ടക്കിണറാണ് ഈ വീട് എന്നാണ് അതൊക്കെ നമുക്ക് മനസ്സിലാവും സാധുക്കൾക്ക് മനസ്സിലാവും എന്താ ഈ പൊട്ടക്കിണർ പൊട്ടക്കിണറ്റിൽ ഒരു തവള ആ തവള ആ കിണറ്റിലെ ജനിച്ച് വളർന്ന് പരമ്പരയായി കിണറ്റിലാണ് വസിക്കുന്നത് പുറം നിന്നൊരു തവള വന്നു കിണറ്റിലേക്ക് വന്നു ഈ തവള ചോദിച്ചു എവിടുന്നാ വരുന്നത് സമുദ്രത്താണ് സമുദ്രം എങ്ങനെയുണ്ടാവും ജലരാശിയാണ് ധാരാളം ജലം ഈ പൊട്ട കിണറ്റിലെ തവള ചോദിച്ചു ഇത്ര ഉണ്ടാവുമോ ജലം ചോദിച്ചു തവള വരൽ കൈ കാണിച്ചാൽ എങ്ങനെയുണ്ടാവും ഇത്ര ഉണ്ടാവുമോ അയ്യോ അതിനോടൊന്നും ഉപമിക്കാൻ പറ്റില്ല പിന്നെ ഇത്ര ഉണ്ടാവുമോ അങ്ങനെയൊന്നും പറയാൻ നോക്കില്ല ഇത്ര ഉണ്ടാവോ എത്രയാണെങ്കിൽ കൈ നീട്ടാനേ തയ്യാറല്ല തവള അവസാന ഈ കിണറ്റിന്റെ പകുതി മുഴുവൻ കിണറിന്റെ അത്ര ഒന്നും ഉണ്ടാവില്ല എന്നാണ് തവളയുടെ വാദം അപ്പൊ ആ സമുദ്രത്തിലെ തവള പറഞ്ഞു ആ ആകാശം നോക്കൂ ഈ ആകാശത്തിനോട് മാത്രമേ ഉപമിക്കാൻ പാള്ളൂ എത്ര അനന്തമായ ആകാശം അങ്ങനെ പറയേ ആകാശം തന്നെ എന്റെ കിണറ്റിന്റെ വട്ടക്കെട്ടിന്റെ ഉള്ളിലാണ് എന്താന്ന് വെച്ചാൽ ഈ തവള ചോട്ടുന്നു നോക്കുമ്പോ വട്ടക്കെട്ടിന്റെ ഉള്ളിലാണ് ആകാശം കാണുന്നത് അതേപോലെ അനന്തമായ വസ്തു ഈ ശരീരമാവുന്ന പൊട്ടക്കിണറ്റിന്റെ വട്ടക്കെട്ടിന്റെ ഉള്ളിലാണിപ്പോൾ നമുക്ക് കാണുന്ന സമയത്ത് അതാണ് നമുക്ക് നമ്മളുടെ ഉള്ളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണു കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉള്ളിൽ പോയി നോക്കുമ്പോൾ മനസ്സിലാവും അതിലാണ് ഈ കിണറ നിൽക്കുന്നത് അതിലാണ് ഈ ശരീരം നിൽക്കണതെന്ന് മനസ്സിലാവും അതിന് ഈ സമുദ്രത്തവളെ എന്ത് ചെയ്തു ഈ കൂപമണ്ഡൂകത്തിന്റെ കൈപിടിച്ച് മൂന്ന് കെട്ടുകൾ വട്ടക്കെട്ടുകൾ കയറ്റി മോളിൽ പാരപെറ്റമോളിലേക്ക് കൊണ്ടുപോയി ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന് മൂന്ന് വെട്ടക്കെട്ട് ഈ പൊട്ടക്കെനറ്റിന്ന് കരകയറ്റണമെങ്കിൽ കയറപ്പറ്റുവാളു കൊണ്ടുപോ അനന്ത ചിതാകാശം ഓ അത്രയും പോകണമെങ്കിൽ എന്ത് വേണം ഈ പൊട്ടക്കെനറ്റൊന്ന് കരകയറണമല്ലോ ഹിത്വ ആത്മപാതം ഗൃഹം അന്ധകൂപം വനം ഗതോയ ഹരി ആശ്രയേത അച്ഛ കാട്ടിലെവിടെങ്കിലും ഒക്കെ ചെന്ന് ഹരിയെ ഭജിക്കൂ ഹരിഭജനം ചെയ്യൂ ഭഗവത് ഭജനം ചെയ്യൂ ഇങ്ങനെ പ്രഹ്ലാദൻ അച്ഛനെ അല്പമെന്ന് പറഞ്ഞു കൊടുത്തു ഹിണി കശ്പു ഒന്ന് സംശയത്തോട് നോക്കി ഇവനാരാ ഇതൊക്കെ പഠിപ്പിച്ച് ഞാനൊരു വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സിലബസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതിലെവിടെയോ ഇന്റർപ്രളേഷൻ എന്തൊക്കെയോ കടത്തിയിട്ടുണ്ട് ചണ്ടാമർക്കന്മാരെ വിളിച്ചു കുട്ടിക്ക് ഈ കാര്യങ്ങളൊക്കെ ആരാ പഠിപ്പിച്ച് അവര് പതുക്കെ പ്രഹ്ലാദനെ ഒരു ഓരോമാ കുട്ടീനെ പന പ്രഹ്ലാദന അപ്പനെ എങ്കഴപ്പില്ല മണ്ണ പോടാ ഗവൺമെന്റ് സ്കൂളില വേല കിടക്കതേ കഷ്ടമാക്ക് വത്സ പ്രഹ്ലാദ ഭദ്രം സത്യം കഥയ മാമൃഷാം പ്രഹ്ലാദ സത്യം പറയൂ കള്ളം പറയരുത് പ്രഹ്ലാദന് സത്യം പറയൂന്ന് ഇവര് പറഞ്ഞു കൊടുക്കണം ബുദ്ധിഭേദ പരകൃത ഉദാഹോ തേ സ്വതാഭവത് തനിക്ക് ഈ ബുദ്ധി എവിടുന്ന് വിഷ്ണു ഭജനം ഭക്തി എന്നൊക്കെ നമ്മൾ ഹിരണ്യകശിപുവിനെയൊക്കെ കാര്യമായിട്ട് പറയും നമ്മളുടെ ഇടയിൽ എത്ര ഹിരണ്യകശിപ്പുക്കൾ ഉണ്ടറിയോ ഭക്തിയും ഭജനും ഭാഗവതമൊക്കെ വരും പക്ഷെ അവരവരുടെ മക്കളും മറ്റും ഈ വഴിക്കും ഒക്കെ തിരിഞ്ഞാലുണ്ടല്ലോ അവരുടെ സ്വഭാവം മാറും അവരവരുടെ മക്കൾ തിരിഞ്ഞാലുണ്ടല്ലോ ഇതൊക്കെ ഇപ്പൊ മതി അതിനൊക്കെ ഒരു വയസ്സുണ്ട് ഇപ്പൊ പഠിക്കൂന്ന് പറയും ഈ സ്വഭാവം അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിന് എടുത്തുകൊണ്ട് പോകും എത്ര പേര് അങ്ങനെ സൈക്കാട്രിസ്റ്റിന് എടുത്ത് പോയിട്ടുണ്ടറിയോ ഈ മാർഗത്തിൽ വന്നിട്ട് അവർക്ക് ചിലർക്ക് ചിലപ്പോൾ ചില കുഴപ്പം ഉണ്ടാവുമായിരിക്കാം പക്ഷെ അവരോടുകൂടി കൂട്ടിയിട്ട് ശരിക്കും ഭക്തിഭാവത്തിൽ വന്ന ആളുകളെ പോലും അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഒരുപാട് പേർ ചെണ്ടാമൃഗക്കന്മാർ ചോദിക്കുകയാണ് തനിക്ക് തനിക്ക് ഈ ചീത്ത ബുദ്ധി എവിടുന്ന് കിട്ടി പറയൂ സ്വയം കിട്ടിയോ മറ്റുള്ളവർ തന്നോ അപ്പൊ പ്രഹ്ലാദൻ പറഞ്ഞു ഈ ഞാൻ അവൻ എന്നൊക്കെ ഈ ഭേദബുദ്ധി ഏത് ഭഗവാന്റെ മഹാമായ വൈഭവം കൊണ്ട് ഉണ്ടാവുന്നു ആ ഭഗവാനെ നമസ്കാരം സ്വ പരശേതി അസദ്ഗ്രാഹ പുംസാ യൻമായയാ കൃത വിമോഹിതധിയം ദൃഷ്ട ഭഗവതേ നമ അന്ത ഭഗവാനുക്ക് നമസ്കാരം എന്ത ഭഗവാനോട് മായേനാൽ ഇവിടെ നാൻ ഇവാങ്ങ ഭേദം ഉണ്ടാകുന്നതോ അന്ത ഭഗവാനക്ക് നമസ്കാരം ഒരേ ഒരു ആത്മാതാനേ ഇരിക്ക എല്ലാവരുടെ ശരീരത്തിലും ഇക്ക് ആത്മാ സ്വപരേതി അബുദ്ധിഭി ദുരത്യാക്രമണോ നിരൂപ്യത ഒരേ ആത്മവസ്തു അറിവില്ലാത്ത ആളുകള് അവൻ വേറെ ഇവൻ വേറെ അത് ശരി സ്ത്രീ പുരുഷൻ അസുരൻ ദേവൻ നല്ല ആള് ചീത്ത ആള് എന്തൊക്കെ ഭാവഭേദം വരുന്നു ആത്മാവില് ഇതൊക്കെ കൽപ്പനയാണ് വാസ്തവത്തിൽ ആത്മാവിന് ഈ ഭേദബുദ്ധികൾ ഒന്നും തന്നെയില്ല അങ്ങനെ ആത്മസ്വരൂപിയായിരിക്കുന്ന ഭഗവാന്റെ അടുത്ത് ഞാൻ എങ്ങനെ പോയി എന്ന് ചോദിച്ചാൽ കാന്തത്തിനോട് ഇരുമ്പിനെ എന്തിനെ ആകർഷിക്കണെന്ന് ചോദിച്ചാൽ കാന്തത്തിനെ അറിയില്ല അതതിന്റെ സ്വഭാവം ഇരുമ്പിനോട് കാന്തത്തിനടുത്ത് എന്തിനെ പോയി ചോദിച്ചാൽ ഇരുമ്പിനും അറിയില്ല അതോ അതിന്റെ സ്വഭാവം അതുപോലെ ഭഗവാൻ എന്നെ ആകർഷിക്കണം ചണ്ടാമർക്കന്മാര് പറഞ്ഞു ചൂരൽ കൊണ്ടുപോടാ ആനീയതാം അരേത്രം നല്ല ചൂരലോടി കൊണ്ടുവരൂ ദൈതേ ചന്ദനവനെ ജാതോയം കണ്ടകദ്രുമഹ ഈ രാക്ഷസന്മാരാവുന്ന ചന്ദനക്കാട്ടിലൊരു മുൾച്ചടി അങ്ങനെയാണ് എല്ലാവർക്കും അവരവരുടെ നാറ്റം മണമായിട്ടും മറ്റുള്ളവരുടെ മണം മാറ്റമായിട്ടും തോന്നും അവർക്ക് അസുരന്മാരൊക്കെ ചന്ദനക്കാടും പ്രഹ്ലാദൻ മുൾച്ചെടിയും രാമകൃഷ്ണ ഒരു കഥയുണ്ട് മത്സ്യം പിടിക്കാൻ പോയ ആളുകള് മത്സ്യ വിൽപ്പനയൊക്കെ കഴിഞ്ഞ് കുറെ സ്ത്രീകൾ തിരിച്ചു വരുന്നു നേരെ ഇരുട്ടി അപ്പൊ കിടക്കാൻ കിട്ടിയത് ഒരു പൂക്കാരിയുടെ വീടാണ് രാത്രി പുഷ്പത്തിന്റെ സുഗന്ധത്തിൽ ഇവർക്ക് ഉറങ്ങാനേ പറ്റില്ല ഇവർ ഉമ്മർത്തുപോയി ആ മീൻ കൊട്ട എടുത്തുകൊണ്ടുവന്ന് അടുത്ത് വെച്ചിത്തിരി വെള്ളം തെളിച്ചപ്പോ നല്ല സുഖം അതിന്റെ ആ ഗന്ധം വന്നപ്പോഴാണ് അത്ര ഇവർക്ക് ഉറക്കം വന്നത് ഇവർക്ക് ഇവരുടെ ദുർഗന്ധം സുഗന്ധമാണ് ഈ ചണ്ടാമൃക്കന്മാര് പറയാണ് ഞങ്ങളൊക്കെ ചന്ദനേക്കാട് ഇവൻ കണ്ടകദദ്രുമം അടിക്കൂ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒന്നും ചെയ്തില്ല എന്താന്ന് വെച്ചാൽ ഹിണകശുപുവിന്റെ പുത്രനാണ് ധൈര്യമായിട്ട് ഒന്നും ചെയ്യാൻ വയ്യ പിന്നെയും പഠിപ്പിച്ചു കുറെ ഒക്കെ അർത്ഥശാസ്ത്രം പഠിപ്പിച്ചു പണം എങ്ങനെ ഉണ്ടാക്കണം എന്ന് പഠിപ്പിച്ചു എങ്ങനെ രാജ്യഭരണം ചെയ്യണമെന്ന് പഠിപ്പിച്ചു യുദ്ധം എങ്ങനെ ചെയ്യണം എല്ലാം പഠിപ്പിച്ചു ഇതമിതം അഭദ്രായ ദൃഢം ഇതി അപാകുറുവൻ സർവം തവചരണ ഭക്തി ഇതൊക്കെ അഭദ്രം അഭദ്രം ഇതെന്തിനു കൊള്ളാം ഈ വിദ്യാഭ്യാസം ഇത് എന്തു പഠിപ്പ് ഒരുവിധത്തിലും അന്തരാത്മാവിന് വേണ്ടിയത് കിട്ടാതെ ഈ പഠിപ്പ് എത്ര ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നു ഒന്നും ശ്രദ്ധിക്കാതെ പ്രഹ്ലാദൻ ഭക്തിയിൽ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു അത്ര ഒരു ദിവസം ഹിരണ്യകശു പറഞ്ഞു കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു പ്രഹ്ലാദം വന്നു അച്ഛൻ്റെ മുമ്പിൽ വീണ് നമസ്കരിച്ചു അച്ഛനെടുത്തു മടിയിൽ വെച്ചു ആരോപ്യ അംഗം അവഘ്രായ നെറ്റിയിൽ ചുംബിച്ചു കണ്ണിൽ കണ്ണീര് വന്നു എന്നാണ് തൻ്റെ കുട്ടിയാണല്ലോ പ്രിയം കണ്ണീര് വന്നു ശിരസിൽ കൈവെച്ച് ആശീർവദിച്ചു പ്രഹ്ലാദ് അനുച്ഛതാം താത് സ്വധീതം കിഞ്ചിത് ഉത്തമം കാലേന ഏതാവതാ ആയുഷ്മൻ യഥശിക്ഷ ഗുരോർഭവാൻ കുഞ്ഞേ ഗുരുവിൽ നിന്ന് നീ എന്താണോ പഠിച്ചത് ഹേ ആയുഷ്മൻ എന്നുവെച്ചാൽ ഞാൻ വധിക്കാൻ ശ്രമിച്ചാലും നീ മരിക്കില്ല അച്ഛന്റെ വക ഹേ ആയുഷ്മൻ എന്താണോ ഗുരുവിൽ നിന്ന് പഠിച്ചതോ അത് പറയൂ പറഞ്ഞു അച്ഛ അച്ഛനും ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയല്ലോ സത്സംഗത്തിലുള്ള ഒരു രുചി ശ്രവണം കീർത്തനം വിഷ്ണോഹം സ്മരണം ഗുരു എന്ന് വെച്ചാൽ ചണ്ടാമർക്കന്മാരെ ഓർമ്മയില്ല പ്രഹ്ലാദിനോ ഗുരു എന്ന് വെച്ചാൽ ഒരേ ഒരു ഗുരുവേ ഉള്ളൂ നാരദ മനുഷ്യൻ ഇവരെ ആരും ഓർക്കുന്നു ഗുരുവിൽ നിന്ന് എന്താ പഠിച്ചത് എന്ന് ഹിരണ്യകു ചോദിച്ചപ്പോ പ്രഹ്ലാദം വിചാരിച്ചതാഹ അച്ഛനും ഭഗവത് തത്വവും കേൾക്കാനുള്ള ആശ ശ്രവണം കീർത്തനം വിഷ്ണോഹോ അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഇതി പുംസാർപ്പിത വിഷ്ണു ഭക്തിശേന്നവലക്ഷണ കിട്ടത്തെ ഭഗവത്യാഥാ തന്മന്യേ അതീതം ഉത്തമം പഠിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠം എന്താണ് ഭഗവത് ധർമ്മചര്യയായി പറഞ്ഞൂടെ ആദ്യം എന്തു വേണം ആദ്യത്തെ പഠി എന്താണ് ഭഗവാൻ ശ്രോതവ്യ പിന്നെ എന്താണ് കീർത്തിതവ്യഹ ആദ്യം ഭഗവാനെ ശ്രവിക്കണം ചെവികുളിരെ കേൾക്കണം ഭഗവത് കഥാദിഷു അനുരാഗ ഭഗവത് കഥകളിൽ അനുരാഗം ഉണ്ടാവണം ശ്രവണം ചെവികുളിരെ ധാരാളം ഭഗവത് കഥകളെ കേൾക്കണം വെച്ച ബാക്കിയുള്ള അസദ്വിഷയങ്ങൾ കേൾക്കരുത് ഭഗവത് കഥകളെ ശ്രവണം ചെയ്യണം ശ്രവണം ചെയ്ത് കുറെ കഴിയുമ്പോൾ സ്മരണം തനിയ സ്മരണം ഉണ്ടാവും ഉള്ളിൽ മനസ്സ് അതിനെ തന്നെ സ്മരിക്കും മനനം ചെയ്യും പിന്നീടോ ഭഗവത് ഭക്തന്മാരുടെ പാദസേവ നമ്മുടെ അഹങ്കാരത്തിന് മെരുക്കിയെടുക്കാനാണ് ഈ പാദസേവനം ശ്രവണം കൊണ്ട് ഭഗവാനാണ് ലക്ഷ്യമെന്ന് അറിഞ്ഞു സ്മരണം കൊണ്ട് ഭഗവത് ധ്യാനം ഏർപ്പെട്ടു അപ്പൊ സ്മരണം മുന്നോട്ടു പോകാൻ തടസ്സം അഹങ്കാരമാണ് അഹങ്കാരത്തിന് എങ്ങനെ മെരുക്കിയെടുക്കും ഭഗവത് ഭക്തന്മാർക്കും ഭഗവാന്റെയും പാദദാസനാണ് താനെന്നുള്ള ഭാവം വളർത്തിക്കൊണ്ടേയിരിക്കാം ദാസോഹം ദാസോഹം ദാസോഹം ദാസോഹം എന്ന് പറഞ്ഞാൽ കുറെ കഴിയുമ്പോൾ ഭഗവാൻ ആ ദാ എന്നുള്ളതിനെ കത്തിരിച്ചു വിടുകത്രേ അപ്പൊ എന്താവും സോഹം അഹങ്കാരം പോയാൽ സോഹം അതിനുമുമ്പ് സോഹം പറയാൻ പറ്റില്ല ദാസോഹം എന്നുള്ള ഭാവം വെച്ചുകൊണ്ടേയിരുന്നാൽ തൊദ്ഭൃത്യഭൃത്യ പരിചാരക ഭൃത്യഭൃത്യ ഭൃത്യസ്യ ഭൃത്യ ഇതിമാം സ്മരലോകനാഥ എന്ന ഭാവത്തോടെ ഇരിക്കുമ്പോൾ ഭഗവാൻ തന്നെ ആ എടുത്തു കളയും ശ്രവണം കീർത്തനം പതുക്കെ പതുക്കെ ഭഗവാനെക്കുറിച്ച് കീർത്തിക്കും സതതും കീർത്തയന്തോമാം യഥന്തൃഢവവ്രതാഹ നാമസങ്കീർത്തനം മാത്രമല്ല നമ്മൾ കേൾക്കുന്ന കഥകളൊക്കെ ബാക്കിയുള്ളവരോട് പറയാ കീർത്തിക്കാം സങ്കീർത്തനം ചെയ്യാം ശിവാനന്ദ സരസ്വതി ഋഷികേശിൽ കുറച്ചു കാലം ഡോക്ടർ മലേഷ്യയിൽ കുറച്ചുകാലം ഡോക്ടറായിരുന്നു ഡോക്ടർ കുപ്പസ്വാമി എന്ന് പേര് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഡോക്ടറായിരിക്കുമ്പോൾ തന്നെ നാമസങ്കീർത്തനം നടത്തും അടുത്ത് തന്റെ ഡോക്ടർമാരായിട്ടുള്ള സുഹൃത്തുക്കളെയൊക്കെ വിളിക്കും എല്ലാവരെയും വെച്ചുകൊണ്ട് നാമസങ്കീർത്തനം ചെയ്ത് നർത്തനം ചെയ്യും പാടും ചിലരൊക്കെ ഭക്തി രുചിയുള്ളവരും പതിരും ചിലര് ഇഷ്ടമില്ലാത്തവരും അതൊക്കെ ഒഴിഞ്ഞുമാറും പക്ഷെ എല്ലാവർക്കും ഇദ്ദേഹത്തിന് ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ സ്വഭാവശുദ്ധീകരണം എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ ഈ ഒരു ദൂഷ്യമുണ്ട് അദ്ദേഹത്തിന് അതുപോലെ എന്തെങ്കിലുമൊക്കെ വിശേഷം അവരവരുടെ വീട്ടിൽ അരിസ്റ്റോക്രാറ്റിക് സൊസൈറ്റി ആണേ അപ്പൊ എന്തെങ്കിലും പാർട്ടിയൊക്കെ നടത്തും അപ്പം ഇദ്ദേഹത്തിന് വിളിക്കില്ല ഒരു സുഹൃത്ത് എന്തോ ഒരു ഒരു പാർട്ടിയൊക്കെ നടത്തി വരിക അപ്പൊ ശിവാനന്ദി ഡോക്ടർ കുപസ്വാമിയെ വിളിച്ചില്ല കുപസ്വാമി നാമസങ്കീർത്തനം ആയിട്ട് വന്നു ഒരു ചപ്പലാക്കട്ടെ എടുത്തു വന്നിടലേവ അത് പാർട്ടി നടന്ന് കൊഞ്ച അഞ്ചു നിമിഷത്തിലെ എങ്കോ ഹർമോണിയ ചതം കേ ഇവർ ഉടക്കാർ ചപ്പലാക്കട്ടിയോട് ഉടക്കാർ ഇവ കിടവേ ഇല്ലേ വന്ന് ഉടക്കാർ അവർ പോയി പാത്താർ ഡാക്ടർ കുപ്പുസ്വാമി നീ എപ്പീ എന കൂപ്പടം മറന്ന് പോയിട്ട് പരവാല ഫ്രണ്ട് തന്നെ നാനാവേ വന്നുട്ടേ അപ്പുറം അന്ത പാർട്ടി എല്ലാം രാമസങ്കീർത്ത പാർട്ടിയായി സതതം കീർത്തയന്തോമാം യതന്തൃഢവ്രതാ നമ്യന്തശ മാംപത്യ നിത്യുക്ത ഉപാസത്തെ ഭഗവാൻ ഗീതയിലെ ചല്റാർ എപ്പോവും കീർത്തനമണിയുടെ ഏർപ്പ നമസ്കാരമണിന്റെ ഏർപ്പ ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം സ്മരണം മനസ്സിലുണ്ടാവും പാദസേവനം അതുംപോലെ അർച്ചനം പല ഭക്തിയെ ഭഗവാനെ അർച്ചിക്ക ഭഗവാന്റെ ഇഷ്ടമൂർത്തിയെ വീട്ടിൽ വെച്ച് ദിവ്യ പുഷ്പങ്ങൾ കൊണ്ടുവന്ന് ഭഗവാനെ ഭാവത്തോടുകൂടെ അർച്ചിക്കും നമ്മളുടെ കർമ്മങ്ങളൊക്കെ കൊണ്ട് ഭഗവാനെ അർച്ചിക്കും ഭാവത്തിലുള്ള ഓരോ ഭാവക്കുസുമങ്ങൾ കൊണ്ടും ഭഗവാനെ അർച്ചിക്കും മനമനർ കൊയ്തു മഹേഷ പൂജ ചെയ്യും മനുജനും മറ്റൊരു വേല ചെയ്തിടേണ്ട എട്ടു പുഷ്പങ്ങൾ ഭഗവാൻ വളരെ ഇഷ്ടമാണെന്നാണ് അഹിംസ പ്രഥമം പുഷ്പം പുഷ്പം ഇന്ദ്രിയ നിഗ്രഹ സർവഭൂത ദയാപുഷ്പം ചമാപുഷ്പം വിശേഷത ശാന്തി പുഷ്പം തപസ് പുഷ്പം ധ്യാനപുഷ്പം ത സത്യം അഷ്ടവിധം പുഷ്പം വിഷ്ണോ പ്രീതികരം ഭവത്ത് അഹിംസ പ്രഥമം പുഷ്പം ഇന്ദ്രിയനിഗ്രഹ സർവഭൂതയ ക്ഷമ ശാന്തി തപസ് സത്യം ഇതൊക്കെയാണ് പുഷ്പം ഈ ഗുണങ്ങൾക്കുള്ളിൽ ആന്തരികമായിട്ട് വളർന്നാൽ ഇതൊക്കെ തന്നെ അർച്ചന അർച്ചനം വന്ദനം ഭഗവാനെ വന്ദിക്കാം ഈ വന്ദിക്കുന്ന ഭാവം ഉയർന്ന ജ്ഞാനികളിൽ കൂടെ കാണാൻ നമുക്ക് എവിടെയെങ്കിലും ഒരു വിളക്ക് കണ്ടാൽ നമസ്കരിക്കാം അപ്പൊ തോന്നും എന്തിനാ ഇവരിങ്ങനെ നമസ്കരിക്കണേ ഇത്ര ഉയർന്ന ജ്ഞാനസ്ഥിതിയിലിരിക്കുന്ന ഈ അഹങ്കാരത്തിനൊന്നും മെരുക്കിയെടുക്കാനാണ് അല്ലെങ്കിൽ എല്ലാം ബ്രഹ്മമാണ് ആത്മാവാണെന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ തോന്നും ഞാൻ ഒരു ബ്രഹ്മം അവൻ നമസ്കരിക്കണം എങ്ങനെ ഭേദമൊന്നും ഉള്ളിൽ അറിയാതെ ഈ അഹങ്കാരമുണ്ടല്ലോ കൊരങ്ങു കളിപ്പിക്കും നമ്മുടെ അതുകൊണ്ട് നമസ്കരിക്കുന്നതുകൊണ്ട് ഇപ്പൊ ദൂഷ്യമൊന്നുമില്ലല്ലോ നമസ്കരിക്കുക എന്നാണ് വന്ദനം ദാസ്യം ഞാൻ ഭഗവാന്റെ ദാസനാണെന്നുള്ള ഭാവം ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നു കുറെ കഴിയുമ്പോൾ സഖ്യം ഭഗവാൻ നമ്മളുടെ കൂടെ നടക്കണമെന്നുള്ള ഭാവം കൂടെ നടന്ന് എന്തിനെയും പിടിച്ചൊരു വിഴുങ്ങും ആത്മനിവേദനം നമ്മൾ നിവേദനം ചെയ്യലല്ല ഭഗവാൻ പിടിച്ചു വാങ്ങിക്കും പക്ഷെ നമ്മൾ നിവേദനം ചെയ്ത പോലെ തോന്നും സംഭവിക്കുന്നത് എന്താ ആത്മനിവേദനം എന്ന് വെച്ചാൽ നിർവികൽപ്പ സമാധി ആത്മസാക്ഷാത്കാരം ബ്രഹ്മാനുഭവം എന്നൊക്കെയാണ് അർത്ഥം ആത്മനിവേദനക്ക് ആത്മനിവേദനം ചെയ്ത ആള് പിന്നെ ഉണ്ടാവില്ല ആത്മനിവേദനം ചെയ്താൽ ആള് കഴിഞ്ഞു എന്നുവെച്ചാൽ ശരണാഗതിയായി എന്നർത്ഥം വ്യക്തിത്വം പോയി ജീവാഹങ്കാരം പോയി ആത്മനിവേദനം എന്നുള്ളത് ഹൃദയം ബാക്കിയുള്ളതൊക്കെ അംഗങ്ങൾ ഈ നവധാഭക്തിയിൽ ആത്മനിവേദനം അങ്കി ബാക്കിയുള്ളതൊക്കെ അംഗം എട്ടെണ്ണോ അംഗം ആത്മനിവേദനം അങ്കി ആത്മനിവേദനം ഹൃദയം ബാക്കിയുള്ളതൊക്കെ അംഗങ്ങൾ ആ ആത്മനിവേദനം എന്നുള്ളതിൽ യാതൊരു മനസ്സിൻ്റെയോ ശരീരത്തിൻ്റെയോ പ്രക്രിയ അല്ലാതെ സദ്ഗുരു സാന്നിധ്യത്തിൽ ഗുരുതത്വം ഈ ജീവനെ എടുത്തു വിഴുങ്ങുന്നത് എന്നെയും ഉന്നക്കണ്ടെയും എടുത്തു നീ വിഴുങ്ങിയെന്ന് ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായക നമോ വിഴുങ്ങാനാണ് ആ വിഴുങ്ങലാണ് നിവേദനം ഇങ്ങനെ ഭക്തിയെ ഒമ്പത് ശ്ലോകം ഈ ഒമ്പത് ശ്ലോകം നമുക്ക് എത്ര ദിവസം വേണമെങ്കിൽ ഒമ്പത് ഭക്തി ഓരോന്നും എടുത്ത് നമുക്ക് ഓരോ ഭക്തന്മാരുടെ ഭാവങ്ങളെ കാണാം നമുക്കതിൽ ഓരോന്നും പ്രധാനമായിട്ട് നമുക്ക് ഭക്തന്മാരുടെ ജീവിതത്തിൽ കാണാം ഇങ്ങനെ ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സത്യം ആത്മനിവേദനം ഇത് പുംസാർപ്പിത വിഷ്ണു ഭക്തിശ നവലക്ഷണ ക്രിയത്തെ ഭഗവത്യദ്ധ തന്മന്യെ അതീതം ഉത്തമം ഇരണ്യ കശുപു കോപം കൊണ്ട് വിറച്ചു കോപം കൊണ്ട് കണ്ണു കാണാതായി എന്നാണ് അത്ര കോപം വന്നു ചണ്ടാമർക്കന്മാരെ വിളിച്ചു ഹേ ബ്രഹ്മബന്ധോ എന്ന് വിളിച്ചു നിങ്ങളെന്തായി പഠിപ്പിച്ചിരിക്കുന്നത് ഈ കുട്ടിക്ക് അസാരം മുരാഹിതോ ബാലാഹ സാരമില്ലാത്ത എന്തൊക്കെയോ വിളിച്ചു പറയുന്നു ഈ കുട്ടി ഞാൻ പറഞ്ഞതും അനാദരിച്ചുകൊണ്ട് ഈ കുട്ടിയെ നിങ്ങൾ എന്തൊക്കെയാ പഠിപ്പിച്ചിരിക്കുന്നത് ഞാനല്ല എന്ന് പറഞ്ഞു ഒരുത്തൻ മത്പ്രണീതം മറ്റേവൻ കണ്ണുരുട്ടി നോക്കി എന്നെ കുടുക്കിവിടുകയാണോ ന പരപ്രണീതം ശത്രു ന മത്പ്രണീതം ഞാൻ പഠിപ്പിച്ചതുമല്ല ഇവൻ പഠിപ്പിച്ചതുവല്ല വേറെ ആരെങ്കിലും പഠിപ്പിച്ചതുമല്ല പിന്നെ എവിടുന്ന് വന്നു വദത്യേഷ സുരേന്ദ്ര ശത്രു ഇവൻ കൊണ്ടുവന്നു ഞങ്ങൾക്കറിയില്ല ഈ വയസ്സിൽ ഇവൻ എങ്ങനെ ഇതൊക്കെ പഠിച്ചു ഇവൻ ഇങ്ങനെയൊക്കെ പറയണമെന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് റിപ്പോർട്ട് ചെയ്യാനായി ഞങ്ങൾ പത്ത് ദിവസമായി ബൈഹാർട്ട് ചെയ്തുകൊണ്ടിരിക്കണോ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല സുതോവേഷ നൈസർഗിക ഇവന് നിസർഗമായി ബുദ്ധിയാണ് ഇവന്റെ ബുദ്ധിയിൽ ആരും പറഞ്ഞു കൊടുക്കാതെ ഈ കാര്യങ്ങൾ കയറിപ്പറ്റിയിരിക്കണം അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് ചണ്ടാമർക്കന്മാര് പറയേണ്യകൃഷ്ഭു തിരശ്ചീനേന ചക്ഷുഷാം വെറുപ്പോടുകൂടെ കോപത്തോടുകൂടെ പ്രഹ്ലാദനെ നോക്കിക്കൊണ്ട് ചോദിച്ചു എവിടുന്ന് കിട്ടി തനിക്ക് ഈ ഭക്തി അപ്പോഴും പ്രഹ്ലാദം വിചാരിച്ചത് പ്രഹ്ലാദൻ ഈ അറിയില്ല അച്ഛന് ഭക്തി വേണമെന്ന് ആഗ്രഹം ആണപ്പോ ചോദിക്കുന്നത് മതിന്ന കൃഷ്ണേ പരതസ്വതോ മിഥോ വിപദ് ഗൃഹവ്രതാ അദാന്കോഭർവിശത പുനഃ പുനഃ ചർവിതാ നേ വിദുസ്വാഗതിഷ്ണു ദുരാശയാ ബരർമാനിന അന്ധാത അന്ധൈ ഉപനീയമാനീ ശതാരുദാ നിബദ്ധാ അച്ഛ ഈ കൃഷ്ണഭക്തി സ്വയം ചിന്തിച്ചുണ്ടാക്കാനും പറ്റില്ല വേറെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടും വരില്ല ഈ ഗൃഹസ്ഥാശ്രമത്തിൽ കൂരി ഇരട്ടിൽ വീണ് ചവച്ചതും തന്നെ ചവച്ച വാന്താശി അപത്രവഹ പുറമേക്ക് വമിച്ചു എടുത്ത് തിന്നുന്ന ഈ നാണം ജീവിതം എത്ര ജന്മമായി തുടങ്ങിയിട്ട് അങ്ങനെയുള്ളപ്പോ എങ്ങനെ കൃഷ്ണഭക്തി വരും കൃഷ്ണനെ എപ്പോ പ്രാപിക്കാൻ ഒക്കും എപ്പോ ഭക്തി ചെയ്യാനൊക്കും എന്ന് വെച്ചാൽ എപ്പോഴാണോ ഭഗവത് ഭക്തി കൊണ്ട് ഉന്മാദന്മാരായി അകിഞ്ചനന്മാരായി നിസ്വാർത്ഥന്മാരായി നടക്കുന്ന പരമഭാഗവതന്മാരായ സാധുക്കളുടെ പാദരജസ്സുകൊണ്ട് അഭിഷേകം ചെയ്താൽ ഭക്തി വരും ഹിണ്യകശുപുവിന് പറഞ്ഞു കൊടുക്കുക ഇവനെ കൊല്ലൂ വെട്ടു സശൂലൈ ആബിദ്ധ സുബഹു മഥിതോ ദിഗ്ഗജഗണൈ മഹാസർപ്പൈ ദ അനശനഗരാഹാര വിധുത അതൊക്കെ നമ്മൾ എളുപ്പത്തിൽ വാക്ക് പറഞ്ഞു പോകുമ്പോൾ പറയാം എല്ലാ ഭക്തന്മാരുടെയും ജീവിതത്തിലുള്ളതാണ് ഈ ക്രൂശിക്കൽ ക്രൂസിഫിക്ഷൻ ഒരു വിധത്തിൽ അല്ലെങ്കിൽ ഒരു വിധത്തിൽ എല്ലാവരും അപമാനത്തിലൂടെയും വേദനയിലൂടെയും ദുഃഖത്തിലൂടെയും ഒന്നിൽ സമൂഹത്തിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നോ ഏതെങ്കിലും വിധത്തിലുള്ള ആ അഗ്നിയിലിട്ട് സ്വർണത്തിന് പാകപ്പെടുത്തുന്ന പോലെ ശൂലം കൊണ്ട് കുത്തി Malena mele nu uriti tu, āna undu chauta marnyu upaambiunde vyašan kođuttu nu. Dokkha kođukku mbedu, Prahladan nu uri bhava vedu le sthita prachnyasya ka bhaša. Malena nu uriti kai njaan, Prahladan irinne kasubu chodhi kio, Malena nu uriti ho? Prahladan vannu namaskar chacha, Malena nu uriti kai njaan. Prahladan vijyar chiri kindhada jyadakarma. നാമകരണം കർണവേധം ചൗളം എന്ന് പലേ സംസ്കാരങ്ങളുണ്ട് അതുപോലെയാണ് ഈ മലയുടെ മേലെന്ന് ഉരുട്ടുക ശൂലം കൊണ്ട് കുത്തുക അച്ഛനെ എന്നോട് എത്ര സ്നേഹം എന്തൊക്കെയാണ് ചെയ്യണത് എനിക്ക് വേണ്ടി ശൂലം കൊണ്ട് കുത്തിയോ കുത്തി വിഷം കൊടുത്തു വിഷം കൊടുത്തു വെച്ച വിഷം കുടിച്ചു നന്നായിട്ടുണ്ട് ഹിരണ്യകശുപൂ അല്പമൊന്നും അന്താളിച്ച് നിൽക്കാണോ രണ്ടാമർക്കന്മാരോ എന്ന് പറഞ്ഞു ഞങ്ങൾ ഒന്നുകൂടെ കൂട്ടിക്കൊണ്ടുപോയി പഠിപ്പിക്കാമെന്ന് കുട്ടി അവരിത്ര കാലം ശ്രമിച്ച് നടന്നില്ലേ ഇപ്പൊ എന്താ കുട്ടി പ്രഹ്ലാദിന്റെ സാന്നിധ്യത്തിൽ അവർക്കൊരു സുഖമുണ്ടേ ഇപ്പൊ ഇരണ്യ കശിപുവിനെ പേടിച്ചിട്ട് അവര് എന്തൊക്കെയോ ചെയ്യാണ് ഏതായാലും ഇപ്പോ ഇരണ്യ പതുക്കെ പതുക്കെ തോൽക്കുകയാണ് അപ്പൊ പ്രഹ്ലാദിനെ കൂട്ടിക്കൊണ്ടുപോയി പാഠശാലയിൽ വെക്കുക ആ സാന്നിധ്യം നമുക്കൊന്ന് കിട്ടട്ടെ അവർക്കൊരു സന്തോഷമുണ്ടേ ശുക്രാചാര്യ ഒരു പഠിപ്പിച്ച് പഠിപ്പിച്ച് കഴുത്തിനും വെള്ളത്തിലും നിർത്തി ഗുണകോഷ്ടം പഠിപ്പിച്ചാലും തലയിൽ കയറാത്ത മട്ടാണ് അവർക്ക് ഇപ്പൊ പ്രഹ്ലാദനെ കാണുമ്പോ അവർക്കൊരു സന്തോഷം ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടോ എന്ന് തോന്നുന്നു അപ്പം കൂട്ടിക്കൊണ്ടുപോവാ പാഠശാലയിൽ കൊണ്ടുപോയി വയ്ക്ക കൂട്ടിക്കൊണ്ടുപോയി പ്രഹ്ലാദൻ അവിടെ ചെന്ന് പ്രഹ്ലാദൻ തീരുമാനിച്ചു ഇനിയിപ്പൊ എല്ലാവർക്കും കൊടുക്കുക തനിക്ക് കിട്ടിയ ആനന്ദം യാൻ പെറ്റ ഇൻപം പെരുകയം അല്ലയോ എല്ലാരും വാങ്ങൂ എല്ലാരും കേൾക്കണം എല്ലാരും തെരഞ്ഞെടുക്കണം ശ്രീൺവന്ദ് വിശ്വേ അമൃതസ്യ പുത്രാഹ ആയേധാമാനി ദിവ്യാനി തസ്തു എല്ലാ ലോകത്തിലുള്ളവരും കേൾക്കട്ടെ എല്ലാരും ഇന്ന് ആനന്ദത്തെ പരുകണം എല്ലാരെയും ഇന്ന് ആനന്ദത്തെ അനുഭവിക്കണം കകം ഉറവ് കലന് ഉന്ന കണ്ടീ അഖണ്ടാകാര ശിവഭോഗം എന്നും പേരുംബ വെള്ളം പൊങ്കി തതുമ്പി പൂരണവായ് ഏക ഉരുവായ് കിടക്കത് അയ്യോ ഇനി എടുത്ത ദേഹം വിഴും മുൻ പൂജിപ്പതരവാറും ജഗത്തീരേ തായ്മാന സ്വാമികൾ പാട്ട് അഖണ്ഡാകാരമാകുരുവാ ആനന്ദം കിടക്കുന്നത് അത് ആനന്ദത്തെ അനുഭവിക്കാപ്പിടേ ഒരു കാക്ക് നത്ത് കിടച്ചത് കൊണ്ട് ചോറ് പോട്ടത് ഊർല കാ ഉറവ് കലന്ത് ഉണ്ണ കണ്ടീർക്ക് കിടച്ചിരിക്കോ അഖണ്ഡാകാര ശിവഭോകം ലൗകിക വിഷയഭോകങ്ങളും ഇത് ശിവഭോകംബള്ളം ഫ്ലഡ് ആനന്ദത്തോട് വെള്ളം പൊങ്കി തതുമ്പി പൂരണമായി അവിടെ അത് ഫ്ലഡ് ആയി വന്നിട്ട് ആനന്ദത്തെ എപ്പിടി അടക്കി വെച്ചത് എല്ലാരും അനുഭവിക്കട്ടുമേ എല്ലാരും പരകട്ടുമേത സർവത ശിവം പ്രഹ്ലാദൻ പറഞ്ഞു ഹേ കുഞ്ഞുങ്ങളെ ഹേ അസുരപാലന്മാരേ എല്ലാരും കേൾക്കൂ വചോവ സർവതശിവം നിങ്ങൾക്കെല്ലാം കൊണ്ടും മംഗളമായിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരാം ഗുരുക്കന്മാരാണെങ്കിലും അസത്യം പറഞ്ഞാൽ നമുക്ക് ഹിതമല്ലാത്തത് പറഞ്ഞാൽ സ്വീകരിക്കരുത് ഗുരുക്തം അഭിനഗ്രാഹ്യം എന്ന അനർത്ഥേ അർത്ഥകൽപ്പനം അനർത്ഥത്തിന് അർത്ഥമെന്ന് ഗുരുവാണെങ്കിലും പറഞ്ഞു തന്നാൽ ഏൽക്കരുത് നമ്മളുടെ ജീവിതത്തിനൊരർത്ഥമുണ്ട് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ ഭക്തി ചെയ്യണം കൗമാര ആചരപ്രാജ്ഞർമാൻ ഭാഗവതാവിഹ് ദുർലഭം മാനുഷം ജന്മ തത് അധ്രുവം അർത്ഥതം ഈ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത് വളരെ ദുർലഭം അത് എത്ര ദിവസം നിൽക്കുമെന്ന് പറയാൻ വയ്യ ഇപ്പൊ പോവും കുമള പോലെ പൊട്ടിപ്പോവും അതുകൊണ്ട് ഭഗവാനെ ഭജിക്കണം ഭഗവത് ഭക്തിക്ക് കഷ്ടമൊന്നുമില്ല എന്താന്ന് വെച്ചാൽ ഭഗവാൻ നമ്മളുടെ അന്തരാത്മാവാണ് കിട്ടിയിട്ടുള്ള വസ്തുവാണ് കിട്ടേണ്ട വസ്തുവാണെങ്കിൽ എന്തെങ്കിലും പ്രയത്നം വേണം സിദ്ധമായ വസ്തുവാണ് നമ്മളുടെ സ്വരൂപമാണ് നമുക്ക് സിദ്ധമായ ബോധമാണ് നഹി അച്യുതം പ്രീണയതോ ബഹു ആയാസോ അസുരാത്ഭകാഹ ആത്മത്വാത് സർവഭൂതം സിദ്ധത്വാദിഹ സിദ്ധമായി കിട്ടിയിട്ടുള്ള വസ്തുവാണ് ഭഗവാൻ പ്രത്യേകാത്മ സ്വരൂപേണ ദൃശ്യരൂപേണ സ്വയം ഉള്ളില് പ്രത്യേകാത്മാവായി സാക്ഷിയായിട്ടും പുറമേക്ക് ദൃശ്യപ്രപഞ്ചമായിട്ടും നിൽക്കുന്നത് ഒരേ ബോധവസ്തുവാണ് ആ ഭഗവാൻ സിദ്ധവസ്തുവായിരിക്കുന്നു കേവലാനുഭവസ്വരൂപമായി ഹൃദയത്തിൽ സിദ്ധിച്ചിരിക്കുന്നു ആ ഭഗവാനെ ഭക്തി കൊണ്ട് ഭജിച്ചാൽ പ്രിയത്തെ അമലയാ ഭക്തി ഹരിതന്യത് വിടംബനം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ ചോദിച്ചു പ്രഹ്ലാദ ഇതൊക്കെ നിനക്ക് എവിടുന്ന് കിട്ടി നമ്മളൊക്കെ ഒരേ പാഠശാലയിൽ പഠിച്ചതാണല്ലോ ഈ ചണ്ടാമർക്കന്മാരൊന്നും നമുക്കിത് പറഞ്ഞു തന്നില്ലല്ലോ എവിടുന്ന് കിട്ടി പ്രഹ്ലാദൻ പറഞ്ഞു നാരദ മഹർഷി ഇട്ട് തന്ന ഭിക്ഷ എന്റെ അച്ഛൻ മന്ത്രാജലത്തിൽ തപസിൽ പോയപ്പോ അമ്മ ഗർഭിണിയായിരുന്നു അപ്പൊ അമ്മയുടെ ഗർഭത്തിലുള്ള എന്നെ ഇന്ദിരൻ അപഹരിച്ചുകൊണ്ടുപോയി നാരദ മഹർഷി വന്നു ഇന്ദിരനോട് ചോദിച്ചു എങ്ങോടാ കൊണ്ടുപോണ കയാധുവിനെ ഇവളുടെ ഗർഭത്തിൽ ഹിരണ്യ കശിപുവിന്റെ ശുക്ലം ഉണ്ട് ഒരു ഹിരണേകശപുവിനെ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് സഹിക്കവയ്യ അതുകൊണ്ട് ഈ ശിശുവിനെ വധിക്കാനായിട്ട് കൊണ്ടുപോവാണ് നാരദൻ പറഞ്ഞു പരമഭാഗവതനാണ് ഇവളുടെ ഗർഭത്തിലുള്ളത് ഇവളെ എനിക്ക് തരൂ നാരദ മഹർഷി കുറെ കാലമായി കാത്തിരിക്കായിരുന്നു അത്രേ ആദ്യ മഹർഷി എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഈ ആനന്ദം കൊടുക്കണമെന്ന് നാരദൻ ആഗ്രഹം അതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചു വയസ്സായവരൊക്കെ റിട്ടയർ ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അവർക്കൊക്കെ കൊടുക്കാം അവരൊക്കെ ഇങ്ങനെ കേട്ടു കുറെ തലയാട്ടും ഇത്തിരി കുറച്ച് ഉറങ്ങും കുറച്ചാളുകൾ കേട്ടിട്ട് നിങ്ങളുടെ പ്രസംഗം വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ആൾക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് പോകും നാരദന് തൃപ്തിയായില്ല ശരി എന്നാ ചെറുപ്പക്കാരായിട്ടുള്ള കുറെ ആളുകളെ പിടിക്കാം യങ്സ്റ്റേഴ്സ് അവരെയൊക്കെ പിടിച്ചോ എന്തൊക്കെയോ പഠിപ്പിച്ചോ അവര് കുറെ മനസ്സിലാക്കിയോ ഒക്കെ ചെയ്തു ചിലരൊന്നും രുചിച്ചില്ല അപ്പൊ നാരദൻ തീരുമാനിച്ചു ചെറുപ്പക്കാരാണെങ്കിലും മനസ്സിൽ കളങ്കം വന്നു പോകുന്നു ചെറിയ കുട്ടികളെ വേണം പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാൻ കാര്യം വളരെ എളുപ്പമാണ് ഇതൊന്നും ബുദ്ധി കൊണ്ട് പഠിക്കേണ്ട വിദ്യ ഒന്നും അല്ലല്ലോ ഒറിജിനൽ നോളേജാണ് അപ്പോ ധ്രുവനെ പിടിച്ചു ധ്രുവനോട് പറഞ്ഞു കുഞ്ഞെ എങ്ങോടാ പോണ് തപസ് എന്തിനാ തപസ് ചെയ്യണം എന്നെ ചിറ്റമ്മ അപമാനിച്ചു കുഞ്ഞെ ഈ അപമാനം സമ്മാനം ഒക്കെ സമമായിട്ടെടുക്കൂ തിരിച്ചു ചെല്ലു വീട്ടിൽ ചെന്ന് സമാധാനത്തോടെ ഇരിക്കൂ വരുന്ന ദുഃഖസുഖങ്ങളെയൊക്കെ സമഭാവത്തോട് അനുഭവിച്ചാൽ തന്നെ ഭഗവാൻ പ്രീതനായി ക്രമേണ ഭഗവത് അനുഭവം ഉണ്ടാവും പറ്റില്ല ഞാൻ ഘോരമായി ക്ഷത്രിയ വംശത്തിൽ ജനിച്ചവനാണ് എനിക്ക് ഈ അപമാനം സഹിക്കവയ്യ കാന്താരി മുളകം എന്ന് പറയില്ല എത്രയുള്ളൂ വയസ്സ് അതിന് അപമാനം സമ്മാനം എന്നൊക്കെ പറയണു നാരദൻ പറഞ്ഞു ഇനി ഗർഭത്ത് നിന്ന് പുറത്തിറങ്ങണതിന് മുമ്പ് പിടിക്കണം പുറത്തു നിന്നാ അപകടം അങ്ങനെയാണ് പ്രഹ്ലാദനെ കയാധുവിന്റെ ഗർഭത്തിൽ വെച്ച് പിടിച്ചത് കയാധുവിനെ തന്റെ ആശ്രമത്തിൽ കൊണ്ടുപോയി വെച്ച് നാരദ മഹർഷി ശരീര ശരീരീദത്തിനെ ദേഹദേഹി ഭേദത്തിനെ ആദ്യം വിവരിച്ചു കൊടുത്തു പ്രഹ്ലാദനം ധർമ്മസ്യ തത്വം ജ്ഞാനം തന്നെ രക്ഷിക്കാൻ ജ്ഞാനവും വ്യവഹാരത്തിന് ഭാഗവതധർമ്മത്തിനെയും പറഞ്ഞു കൊടുത്തു ശരീരം ഗർഭത്തിലുണ്ടാവുന്നു ശരീരം ഗർഭത്തിൽ നിന്ന് പുറത്തുവരുന്നു ശരീരം വളരുന്നു ശരീരം പരിണമിക്കുന്നു ശരീരം ക്ഷയിക്കുന്നു ശരീരം നശിക്കുന്നു ഇങ്ങനെ ശരീരത്തിന് ആറു വിധത്തിലുള്ള നാശോന്മുഖമായ ലക്ഷണങ്ങളുണ്ട് ബോധം നിത്യമാണ് ബോധം അവ്യയമാണ് ബോധം ക്ഷേത്രജ്ഞനാണ് ബോധം സാക്ഷിയാണ് ബോധം ശുദ്ധമാണ് ബോധത്തിന് ജഡസമ്പർക്കമില്ലാത്ത സർവസ്വതന്ത്രമാണ് അത് എപ്പോഴും ഒരു മാറ്റവുമില്ലാതെ ശരീരമൊക്കെ പരിണമിക്കുമ്പോഴും തൊണ്ണൂറ് വയസ്സായ ആള് രണ്ട് വയസ്സിലുള്ള ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് ഇതെന്റെ ഫോട്ടോ ആണെന്ന് പറഞ്ഞു ആ ശരീരമൊക്കെ മാറിപ്പോയി മനസ്സൊക്കെ മാറിപ്പോയി എന്നാലും ഞാൻ മാറാതെ ഇരിക്കുന്നു എന്നുള്ള അനുഭവം എല്ലാവരുടെ ഉള്ളിലുമുണ്ട് ശരീരം മാറിയിട്ടും മനസ്സ് മാറിയിട്ടും ബുദ്ധി മാറിയിട്ടും ഞാൻ എന്നുള്ള അനുഭവം മാത്രം മാറാതിരിക്കുന്നു ഈ അനുഭവം ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്നവസ്ഥകളിലും മാറാതെ ജാഗ്രത അവസ്ഥയിൽ ശരീരമുണ്ട് മനസ്സുണ്ട് ഞാനുണ്ട് സ്വപ്നാവസ്ഥയിൽ ശരീരമില്ല മനസ്സ് മാത്രം പ്രവർത്തിക്കുന്നു ഞാനുണ്ട് സുഖമായി ഉറങ്ങുന്ന സുഷുപ്തി അവസ്ഥയിൽ ശരീരവുമില്ല മനസ്സുമില്ല ഞാനുണ്ട് വ്യക്തിത്വ രൂപത്തിലുള്ള ഞാനില്ല പക്ഷെ ജീവ രൂപത്തിൽ ബോധരൂപത്തിലുള്ള ഞാനുണ്ട് അപ്പോൾ ഞാൻ ശരീരമല്ല ഞാൻ മനസ്സല്ല സച്ചിദാനന്ദ സ്വരൂപമായ നിത്യനിരന്തര കേവലാനന്ദ സ്വരൂപമായ ബോധമാണ് എന്ന് ദൃഢമായി അറിയൂ എന്ന് കയാധുവിന് ഉപദേശിച്ചു കയാധു അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു തൽക്കാലത്തേക്ക് പക്ഷെ ഗർഭത്തിലുള്ള കുഞ്ഞ് പ്രഹ്ലാദൻ അത് മുഴുവൻ പിടിച്ചു ബുദ്ധി കൊണ്ട് പറഞ്ഞു മനസ്സിലാക്കേണ്ടതാണെങ്കിൽ ഗർഭസ്ഥ ശിശുവിന് ബുദ്ധി എവിടെ അതുകൊണ്ടാണ് പറയുന്നത് സത്സംഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ള കംപ്ലൈൻറ്റേ വേണ്ട ശരണാഗതി ചെയ്തിട്ട് അങ്ങോട്ട് ഇരിക്കുക ഹൃദയം ഹൃദയത്തുനിന്ന് പിടിച്ചെടുത്തോളും ഈ ബ്രഹ്മവിദ്യ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ പ്രഹ്ലാദനം എങ്ങനെ മനസ്സിലാക്കി ഗർഭത്തിലുള്ള കുട്ടി എങ്ങനെ മനസ്സിലാക്കി ബുദ്ധി തടസ്സമാണ് ചെയ്യണത് അതാണ് ഈ ധ്രുവന് തടസ്സം വന്നത് ബുദ്ധിയാണ് മനസ്സാണ് വേറെ പലർക്കും നാരദന ഉപദേശിച്ചിട്ട് ഏശാ ഏശാതിരിക്കാൻ കാരണം എന്താ ഇവരുടെ സംശയം ഇവരുടെ ബുദ്ധി മനസ്സൊക്കെ കുറുകെ വരണം അല്ലെങ്കിൽ ഒരു ആചാര്യൻ അനുഭവസമ്പന്നനായ ഒരു ഋഷി നീ ആ പൂർണ്ണ വസ്തുവാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ റെസ്പോൺസ് എന്താണ് അദ്ദേഹത്തിന് പറയാം എനിക്കായിട്ടില്ല ഈ പറയുന്ന ആളാരാ യഥാർത്ഥ ഗുരുഭക്തി എന്താണ് വിനയൊന്നുമല്ല ഗുരു പറയണതിന് ഒരു തടസ്സവുമില്ലാതെ സ്വീകരിക്കാൻ സമ്മതിക്കാതെ സ്വയം ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുന്ന ആളാരാ സ്വയം ഒരു വ്യാഖ്യാനം കൊടുക്കുന്ന ഈ അവിദ്യയാണ് ഗുരുപദേശം ഏശാദ തടസ്സം ചെയ്യണം നേരെ മറിച്ച് ആ ഉപദേശിക്കുന്നതിന് ഒരു ഇന്റർപ്രിട്ടേഷനും കൊടുക്കാതെ ഒരു വ്യാഖ്യാനവും കൊടുക്കാതെ സ്വീകരിക്കുന്ന ആള് അപ്പൊ തന്നെ അനുഭവസമ്പന്നനായി തീരും പൂർണ്ണനായിട്ട് തീരും പ്രഹ്ലാദന് ബുദ്ധിയുടെ തടസ്സമോ മനസ്സിന്റെ തടസ്സമോ ഒന്നുമില്ല ഗർഭത്തിൽ നിന്നും നാരദ മഹർഷി ഉപദേശിച്ചത് മുഴുവൻ പിടിച്ചെടുത്തു പുറത്തു വരുമ്പോൾ പൂർണ്ണനായിട്ട് വന്നു ഒരു അപൂർണതയും കളങ്കവും ഏശാദ പൂർണ്ണമായിട്ട് വന്നു അതാണ് പ്രഹ്ലാദന്റെ മഹത്വം പ്രഹ്ലാദൻ ഈ കഥയൊക്കെ നാരദ മഹർഷി തന്നെ അനുഗ്രഹിച്ചതൊക്കെ പറഞ്ഞുകൊടുത്തു ഇങ്ങനെ പ്രഹ്ലാദൻ ഉപദേശിക്കുന്നത് കണ്ട് ചണ്ടാമർക്കന്മാർ പേടിച്ച് പ്രഹ്ലാദനെ കൊണ്ടുപോയി ഹിരണ്യകശുവിന്റെ മുമ്പിൽ കൊണ്ടിരുന്ന് നിർത്തി നിങ്ങളുടെ മകൻ അവിടെ ഉള്ളവരെ ഒക്കെ പഠിപ്പിക്കുകയാണ് അപ്പോ അവിടെപ്പോ പ്രഭാഷണമാണ് സത്സംഗമാണ് അതുകൊണ്ട് ഇനി ഞങ്ങൾ വിചാരിച്ച് രക്ഷയില്ലേ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ സർവേം ശ്രുവാ തർണിതം गुरुवन ജഗൃഹ നിരവദ്യു ശിക്ഷിത അചാര്യസുതസ്താ ബുദ്ധിമേി ആലക്ഷ്യഭീതസ്വരിതോ രാജ്യ ആവേദയ ശ്രുവാ തദപ്രിം ദൈത്യോ ദുഃസഹന്തനയാണയം കോപാവേശലദ് പുത്രം ഹന് മനോദെ ഛിപ്പ പരുഷയാവാചാ പ്രഹ്ലാദം അതദർഹണഹേക്ഷണ പാപേന തിരശ്ശീനേന ചുഷാ പ്രശ്രയാവനതാത്ത ബദ്ധാഞ്ചലിം അവസ്ഥ സർപ്പ പദാഹ്വസന് പ്രകൃതിദാരുണ ഹേ ദുർവിത ഹേ മന്ത്മൻ കുലഭേദകരാധമ സ്തം മച്ഛാസുനോദ്ധൂതം ഏഷ്യേ ക്ഷയ കുദ്ധ്യ കയോ ലോക തസ്യമേ അഭീതവൻ മൂഢ ശാസനം കിം ബലോത്യകാഹ രണ്യകശു ചോദിക്കാം ഹേ മൂഢ തനിക്ക് ബലം എവിടുന്നാ തനിക്ക് എവിടുന്ന് ശക്തി കിട്ടി എന്നെ കണ്ട ദേവന്മാരൊക്കെ വിറയ്ക്കും അങ്ങനെയുള്ള എന്റെ മുമ്പിൽ യാതൊരു ബലം ഭയം കൂടാതെ നിൽക്കുന്നുവല്ലോ തനിക്ക് എവിടുന്ന ഈ ബലം അച്ഛ ബലം എന്റെയോ അങ്ങയുടെയോ അല്ല ബലത്തിന്റെയാണ് ഞാൻ ബലത്തിന്റെയാണ് അങ് ബലം സ്വതന്ത്രം നമ്മൾ അസ്വതന്ത്ര ശക്തിയുടെ കയ്യിലാണ് നമ്മൾ നമ്മളുടെ ശക്തിയല്ല ആ ശക്തി ചലിപ്പിക്കുമ്പോ കൈ ചലിക്കുന്നു ശക്തി ചലിപ്പിക്കുമ്പോ വർത്തമാനം പറയണം ശക്തിയുടെ കയ്യിൽ നമ്മൾ ഇരിക്കണം ആ ശക്തിക്ക് വിഷ്ണു എന്നു പേര് ബലം തവ ച ജഗദാം ചാപി സബലം സേവത്രൈലോക്യം സകലം ഇത് ധീരോയം അഗധീത് ഇതാണ് സകലതു ആ വിഷ്ണുവാൻ ഇവിടെ രണ്ടാമതൊരു വസ്തു ഇല്ല പ്രഹ്ലാദോവാച നേ ശരാജ സവൈ ബലം ബലിന ചാപ്പരേഷ പരേ പരേമി സ്ഥിരജംഗമാേ ബ്രഹ്മാദയോ യന് വശം പ്രണീത സ ഈശ്വര കാല स यह विश्व पर शक्ति सृज्तवत्गुण प्रयश जह्यासुरम भाव तम आत्म समोधत्स्व न सी विदिषा ऋते अजिता आत्मन उत्पथस्थिता हन महत्समर्हणम अच्छा मनसने समस्थिवेख्यो इंद्रि नष्टता शां नष्टर മനസ്സിനെ രാഗദ്വേഷങ്ങൾ കൊണ്ട് ചലിക്കാതെ ദ്വന്ദ്വങ്ങൾ കൊണ്ട് ചലിക്കാതെ സമസ്ഥിതിയിൽ വയ്ക്കുകയാണെങ്കിൽ അത് ചെയ്യാവുന്ന ഏറ്റവും വലിയ ആരാധന ദസ്യൂൻപുരാഷണ്ണ വിജിത്യ ലുംപതോ മഞ്ഞന്തേകജിത ദിശോ ദശ ജിതാത്മനോ ഞസ് സമസ്യ ദേഹിനാം സാധോ സ്വമോഹപ്രഭവാ കുത പരേ ഹിരണ്യകശുപു കോപം കൊണ്ട് വരച്ചു നനക്ക് മരണത്തിനുള്ള സമയമായിരിക്കുന്നു അതുകൊണ്ടാണ് ഈ ജൽപ്പനം ഹിരണ്യകുരുവാച വ്യക്തം ത്വം മർത്തു കാമോസി അതിമാത്രം വിഗ്ധസേ മുർഷ്യൂണി മന്ത്മൻ നനുഷ്യു വിപ്ലവാഗിരഹ യോഗ്യോക്തോ മദന്യോ ജഗതീശ്വര സമാഭേന ദൃശ്യത്തെ എല്ലായിടത്തും ഉണ്ടെങ്കിൽ ഈ സ്തംഭത്തിലുണ്ടോ ഈ തൂണിലുണ്ടോ എല്ലായിടത്തും ഉള്ളവനാണെങ്കിൽ ഈ സ്തംഭത്തിൽ എന്തുകൊണ്ട് കാണുന്നില്ല സോഹം വിഗദ്ധമാനസ്യ ശിരഹ കാ ഗോപായേത ഹരിസ്വാദ് ശരണമിപ്സിതം താത്വികമായി പറഞ്ഞു കൊടുത്താൽ എരണ്യ കശുപുവിന് മനസ്സിലാവില്ലല്ലോ തൂണിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത് വിവേകാനന്ദ സ്വാമികളോട് ഒരാൾ ചോദിച്ചു ഭഗവാൻ ഈ ചെയറിലുണ്ടോ എന്ന് ചോദിച്ചു വിവേകാനന്ദ സ്വാമി പറഞ്ഞു ഈ ചെയർ ഉണ്ട് എന്ന് കാണണമെങ്കിൽ നീ ഭഗവാനിലൂടെ വേണം കാണാൻ ഓൺലി ത്രൂ ഗോഡ് യു ക്യാൻ സീ ദ് ചെയർ ഈസ് ദയർ ആ കസേരയ്ക്ക് അസ്തിത്വം കൊടുക്കുന്ന വസ്തു കസേരയുടെ രൂപത്തിൽ ഭഗവാനാണ് തൂണിന്റെ രൂപത്തിൽ ഭഗവാനാണ് സകല വസ്തുക്കളുടെ രൂപത്തിലും ഭഗവാനാണ് പക്ഷെ ഇത് പറഞ്ഞാൽ അവന് മനസ്സിലാവില്ല അവൻ എങ്ങനെ ആശിക്കണോ അങ്ങനെ വേണം ദർശനം കിട്ടാനിപ്പോരുതാം മഹാസുര ഖട്ഗം പ്രഗൃഹ്യോത്പതിരാസനത്ത് സ്തംഭം താട അതിബലസ്വുഷ്ടി തദൈ തസ്നിമ ദോതി ഭീഷണോ ബഭൂവേനടാഹമസ്ഫുട യം വൈ സ്വധിഷ്ടോപതം ത്വജാ ശ്രുവാ സുദാമംഗമേ നിരേ സ വിക്രമൻ പുത്രവധേപ്പ്സു റോജസം നിശമ്യ നിർഭാദമപൂർണമുതം അന്തസഭാ ദദൃശ്യത്പദം ബി തൂയന സുരായൂഥാ സത്യം വിധാജാഷ്യാപ്തി ഭൂതേഷു അഖിളേഷു ചാത്മന അദൃശ്യത അത്യഭുതൂപൻ സ്തംബേ സഭയാഷം കസ്മാൃശ്യത്തെ അരെ കൂ ക്വാസൂ സകല ജഗദാത്മാ ഹരി പ്രബിന്ദേ സ്മ സ്തംഭം ചലിതകരവാണോദിതി സുതാ അത പശാതി വിഷ്ണു നദിമീശോസ് സഹസാ കൃപത്മൻ വിശ്വാത്മൻ പവനപുരവാസിന് റൃഡയ മാ സ്തംഭേ ഘട്ടയോ ഹിരണ്യകോ കർണ സമാചൂന്നയൻ ആഹൂണകുണ്ോ ഘോരസ്തവൂദ്രവുവായം കില ദൈത്യരാജഹൃദയെ പൂർവം കശ്രുത കംപ കശന സമ്പാത ചലിതം വിഷരാത് എവിടെ ഈ സ്തംഭത്തിലുണ്ടോ എന്ന് ചോദിച്ച് സ്തംഭത്തിനെ മുഷ്ടി കൊണ്ടിടിച്ചു സത്യം നിജാതും നിജവൃത്യഭാഷിതും സകല ഭൂതങ്ങളിലും സദ്വസ്തുവായിരിക്കുന്ന ആ പ്രഭു തന്റെ വൃത്യന്റെ വാക്ക് സത്യമായിട്ട് ചെയ്യാനായിക്കൊണ്ട് ആ സ്തംഭത്തിൽ നിന്നും ആവിർഭവിച്ചു ന മൃഗം അത് മൃഗമാണോ എന്ന് വെച്ചാൽ സിംഹമാണ് എന്നാൽ മൃഗമാണോ അല്ല മനുഷ്യനാണ് ശരീരം മനുഷ്യ മുഖം മൃഗത്തിന്റെ സിംഹവും മനുഷ്യന് വായി ചേന് അഹോകിമേത നൃമൃഗേന്ദ്രൂപം അതിശ്യതൃദ്ഭുത ൂപുദ്വഹൻ സ്തംഭേ സഭാ നൃഗം നുഷൻ സ സത്വമേനം പരിതോ പശ്യൻ സ്തംഭ്യ മധ്യത് അനുനിർജിഹാനം നായമൃഗോ നാപ്പിചിത്രം അഹോകിമേതൃമൃഗേന്ദ്ര ൂപം മീമാംസമാനസമുഗ്രതോ നൃസിംഹ തലം ഭയാനും പ്രദത്ത ചാമീകര ചോചനം സ്ഫുര ചടാകേസര ജൃംഭിതാനം കരാളദംഷ്ട്രം കരവാള ചഞ്ചല ക്ഷുരാന്ത ജുഹുട്ടീ മുഖോർബണം സ്തബോർധകർണം ഗിരികന്ധരാദ്ഭുത വ്യക്ത ചന്ദ്രാശു ഗൗരൈ ക്ഷുരിതൂരുഹൈ വിശ്വഭുജാനീകശതം നഖാ യുധം ദുരാസം നിജേതരാുധ പ്രവേഗ വിദ്രാവിത ദൈത്യദാനവണമേയം ഹരിണോരുമാനാവധസ്മൃതോനേന സമുദ്ധേന ഇവം ബ്രുവന് സ്വഭ്യപതദ്ദായുധോ നദൻ നൃസിംഹം പ്രതി ദൈത്യകുഞ്ചര അലക്ഷിതോഗ്രൗ പതി പതംഗമോ യഥാ നൃസിംഹോജസി സോസുരസ്താം ന വിചിത്രം ു സ്പാമനി സ്വേജസോ നു പുരാപിപത്ത തദോപ്പ പദ്യാന മഹാസുരോ വൃഷാ നതയോർ വേഗയ തം വിക്രമന്തം സഗതം ഗധരോ മഹോരകം തക്ഷസു യഥാഗ്രഹീത് സസഹസ്തോത്കളിതുരോ വിക്രീടതോ ദ്വതർഗരുമ അസാധമന്യന്ത ഹൃതൗകസോമരാ ഘനച്ഛാ ഭാരത സർവധിഷ്യ തയ്യമാനോ നിജവീര്യ ശങ്കം യുദ്ധ ഹക്ൃരി മഹാസുര പുനസ്തമാസജ്ജത ഖ്ഗ ചർമ്മി പ്രഗൃഹ്യ വേഗന ജിതശ്രമോ മൃതേ സംശയ വേഗം ശതചന്ദ്രവത്മഭമിദ്ര മുപര്യതോ ഹരി കൃത് അസംഖരം ഉത്സവോർബണം നിമീലിതക്ഷം ജഗൃഹേ മഹാജവ വിശ്വ സ്ഫുരന്തം ഗ്രഹണാദുരം ഹരി വ്യാ യഥാകു ദ്വാര്ൂര ആപത്ത ദദാര ലീലയാ നഖൈര്യതരുടെ മഹാവിശം സംരംഭ ദുഷ്പ്രേക്ഷ കരാള ലോചനോ വ്യാത്താനം വിനിഹംസ ജുഹയയാ അസൃഗ്ലവാക്രുണ കെസരാനോ യഥാ അന്ത്രമാലീ ജുബു നഖാകുരോത് പാട്ടഹം വിസൃത്യ തയാജരാൻ ഉദായുധാൻ അഹം സമന്ഖ ശ്രഷ ദോർദയൂതൻ സഹസ്രശ സദാവധൂത ജലദാ പരാവൻ ग्रहाृष्टिमुष्ट रोजिष अबोधय श्वासहताजुक्षु निर्घरादीता दिगिभा विजुक्रुषु यौस्िप्त विमसंकुला प्रोत्सर्पदक्षमा च पदादीता शैला सपेदु अमुशंसा तत्जसाखु भगवा गुडन सर्पति पिटीदेन मड़ील कटते സന്ധ്യാസമയം രാത്രിയുമല്ല പകലുമല്ല ഗൃഹത്തിൻ്റെ അകത്തുമല്ല പുറത്തുമല്ല പടിയിൽ കിടത്തി പടിയിൽ തന്റെ മടിയിൽ കിടത്തി ഭൂസ്പർശമില്ല തൻ്റെ കയ്യിലുള്ള നഖം അത് ആയുധവുമല്ല മനുഷ്യനുമല്ല മൃഗവുമല്ല ബ്രഹ്മാവിന്റെ സൃഷ്ടിയുമല്ല എല്ലാം പാലിക്കപ്പെട്ടു ചോദിച്ച വരങ്ങളൊക്കെ പാലിക്കപ്പെട്ടു മടിയിൽ കിടത്തി നെഞ്ചുവലിച്ചു കീറി കുടൽമാലയെടുത്ത് കഴുത്തിലണിഞ്ഞു ഘോരമായി ഗർജിച്ചു ചടൊന്ന് കുടഞ്ഞും സമുദ്രങ്ങളൊക്കെ കുലുകി വരച്ചും ഭൂമി നടുങ്ങും ദേവതകളൊക്കെ ആകാശത്തിൽ വന്ന് നിൽക്കുകയാണ് ഓരോരുത്തരായി ദേവതകള് ഭഗവാന്റെ കോപം അടങ്ങാനായിട്ട് സ്തുതിക്കാണ് ആ ഹിരണ്യകശുപുവിന്റെ ശരീരവും മടിയിലിട്ട് കീറി കുടൽമാല കഴുത്തിൽ ധരിച്ച് സിംഹാസനത്തിൽ കയറി ഇരിക്കുകയാണ് ഭഗവാൻ എന്തിനാണെന്ന് വെച്ചാൽ ഈ സിംഹാസനം അശുദ്ധമായിരിക്കണം എത്രയോ ബ്രഹ്മഹത്യ എത്രയോ ഗോഹത്യ ഇവിടെ പ്രഹ്ലാദനിരിക്കേണ്ടതാണ് അത് ശുദ്ധം ചെയ്യാനായിട്ട് ഭഗവാൻ ആ സിംഹാസനത്തിൽ കയറിയിരുന്നു ദ്യോക്ഷിപ്ത വിമാനസങ്കുലാംസർപ്പ്മാദാതി പീഡിതാം ശൈലാ സമുത്പേതു അമുഷരം ഹസാ തത്തേജസാഖം കകുഭോ നരെ ജിരേ ദേവതകൾ ഓരോരുത്തരായി വന്നു സ്തുതിക്കാണ് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സിദ്ധചാരണ ഗന്ധർവന്മാരും നാഗന്മാരും വിഷ്ണുപാർശദന്മാരും സ്തുതിച്ചും ഭഗവാൻ കോപമടങ്ങാതെ ഗർജിച്ചുകൊണ്ടിരിക്കുന്നു മഹാലക്ഷ്മി ദേവിയെ പറഞ്ഞയച്ചും ലക്ഷ്മി പോലും ഭയന്നു പോയിരുന്നു അങ്ങനെ പ്രഹ്ലാദനെ ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞയക്കാണ് പ്രഹ്ലാദൻ ചെന്ന് യാതൊരു ഭയവും കൂടാതെ ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചും പ്രഹ്ലാദൻ്റെ ശിരസിലും ഭഗവാൻ തൻ്റെ കൈവച്ചു സപദ്യഭിവ്യക്ത പരാത്മദർശന ഭഗവാന്റെ ഹസ്തസ്പർശനം ഏറ്റോടനെ പരമാത്മദർശനം ഉണ്ടായി പ്രഹ്ലാദന് പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിക്കാണ് അത്യത്ഭുതമായ സ്തുതി പ്രഹ്ലാദൻ പറയാണ് ഭഗവാനെ ബ്രഹ്മാതി ദേവന്മാരും മറ്റുമൊക്കെ സ്തുതിച്ചും അടങ്ങാത്ത അവിടുന്ന് ഈ അസുരവംശത്തിൽ ഘോരമായ അസുരവംശത്തിൽ ജനിച്ച് എന്റെ സ്തുതിക്ക് വഴങ്ങിത്തരുന്നു എന്നുള്ളത് തന്നെ തെളിവാണ് ഭക്തിയാണ് അങ്ങയ്ക്ക് ആവശ്യം അല്ലെങ്കിൽ ഗജേന്ദ്രന് അവിടുന്ന് പ്രീതിപ്പെടാനായിട്ട് ഒരു കാരണവുമില്ലല്ലോ അതുകൊണ്ട് പ്രഭു അങ്ങയുടെ ഈ സിംഹരൂപമോ ഭയങ്കരമായ രൂപമോ കണ്ട് ഞാൻ ഭയപ്പെടുന്നില്ല ആ ഭയങ്കരമായ വായിലുള്ള പല്ലുകളും നാവും കണ്ട് ഞാൻ ഭയപ്പെടുന്നില്ല എനിക്ക് ഭയമുണ്ട് അങ്ങേ ഭയമില്ല സംസാരത്തിനെ കണ്ടാ ഭയം തോന്നുന്നു ഭീതോസ്മി സംസാരചക്രകഥനാത് ഗ്രസതാം പ്രണീത ആ പ്രഹ്ലാദന്റെ അത്ഭുതമായ സ്തുതി സർവത്ര ഗോവിന്ദനാമസം പ്രഹ്ലാദനെ ഭഗവാൻ തന്റെ മടിയിൽ വെച്ച് ഭഗവാന്റെ മടിയിൽ തന്നെ സിംഹാസനം അവിടെ വെച്ച് ഭഗവാന്റെ ഹസ്തം കൊണ്ട് തന്നെ മകുടം അണിയിച്ചു ഭക്തലോക ചക്രവർത്തിയായി മകുടമണിയിച്ചു തന്റെ കണ്ണീരുകൊണ്ട് അഭിഷേകം ചെയ്തു പ്രഹ്ലാദനെ അങ്ങനെ പ്രഹ്ലാദന് നരസിംഹമൂർത്തിയുടെ മടിയിലിരിക്കുന്ന പ്രഹ്ലാദനെ ധ്യാനിച്ചുകൊണ്ട് നമുക്കിന്ന് നൃത്തം